ത്രിപാദഅമൃതോ അനന്ത അനന്തസനം വിശിഷ്ട ഗുണശക്തി മൊത്തേനുപാസൻ വിശിഷ്ട ഗുണങ്ങളോടുകൂടിയ ആ ബ്രഹ്മത്തെ ഉപാസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത ഭാഗം എങ്ങനെ ബ്രഹ്മം അനന്തഗുണവു അനന്തശക്തി അനേകഭേദ ഉപാസ്യസ്യ അത് അനന്തഗുണമുള്ളതാണ് അനന്തശക്തിയുള്ളതാണ് അനേക തരത്തിൽ അതിനെ ഉപാസിക്കാം ഇതിനു ത്രിപാദസ്യാമൃതം ദേവി എന്ന് പറഞ്ഞു അവിടെ ഗുണങ്ങളെല്ലാം നിഷേധിച്ചു വീണ്ടും ആ ഗുണങ്ങളെല്ലാം ആരോപിച്ചുകൊണ്ട് ഉപാസനത്തിവരിക്കുന്നു സർവം ബ്രഹ്മ ജലാനിധി സീത അത് വ്യാഖ്യാനിക്കുകയാണ് സർവം സമസ്തം വാക്യാലാർത്ഥം നിപാത സർവം സമസ്തം ഖലു എന്നുള്ളതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല അങ്ങനെ ഒരു വാക്യ അലങ്കാരാ വാക്യത്തിനൊരു ഭംഗിക്ക് വേണ്ടി ചില ശബ്ദങ്ങൾ അതിൽ ഉപയോഗിക്കും വാക്യത്തിന് അലങ്കാരം ശബ്ദം കേൾക്കുന്നതിനുള്ള സുഖം അതിന് വേണ്ടി സർവം ഖലു ശബ്ദം അങ്ങനെ ഉപയോഗിച്ചതാണ് അങ്ങനെ വാക്യാലം എന്ന് പറയുന്നത് ഇനി പാകം അങ്ങനുപയോഗിച്ചിരിക്കുന്നു വിശേഷാർത്ഥം അവിടെ ഇല്ല പക്ഷെ പല വ്യാഖ്യാതാക്കളും പല അർത്ഥങ്ങളും കൽപ്പിച്ച് സർവം ഖലു എന്ന സർവം ഏവ അങ്ങനെ ചിലര് വ്യാഖ്യാനിക്കുന്നുണ്ട് അങ്ങനെയുമാകാം പക്ഷെ വിശേഷാർത്ഥം ഇല്ലെങ്കിലും തരാറില്ല വീതം ജഗന് നാമരൂപ വികൃതം പ്രത്യക്ഷാദി വിഷയം ബ്രഹ്മ നാമരൂപ വികൃതം നാമരൂപത്തിൽ വികാരപ്പെട്ടിരിക്കുന്നത് അതിനെ പറയുന്നു പ്രത്യക്ഷാദി വിഷയം പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമായിരിക്കുന്ന ഇതം ഈ ജഗത്ത് എന്താണ് ബ്രഹ്മ എന്നാണ് പറയുന്നത് കാരണം ബൃഹത്തമത്വ ബ്രഹ്മ ബ്രഹ്മശബ്ദം എന്തുകൊണ്ട് പ്രയോഗിച്ചു ബൃഹത്തമത്വ അത് കാരണമാണ് ആ കാരണത്തിൽ നിന്നാണ് ഈ ജഗത്ത് ഉണ്ടായത് അതുകൊണ്ട് ഈ കാര്യം കാരണം തന്നെ അനുസർഗംഖലിതും ബ്രഹ്മയുടെ അർത്ഥം ഭാഷകാലം പറയുന്നു ബ്രഹ്മമാകുന്ന കാരണത്തിൽ നിന്നും ഈ ജഗത്തുണ്ടായി ണങ്ങൾക്ക് അനന്യത്തും കാരണത്തിൽ നിന്ന് വേറിട്ട് കാര്യത്തിന് നിലനിൽപ്പില്ല സർവം കല്ലും ഇതും ഇത് തന്നെ വാസുദേവ സർവമിധി ഗീതയിൽ പറഞ്ഞത് ഇത് ബ്രഹ്മസത്യം ജഗന് മിഥ്യ എന്ന് പറയുന്ന ഇത് ആരംഭം ഇത് കാരോ നാമധേവം മൃത്തികേ ദിവസം അവിടെ പറയുന്നത് തന്നെ ഇതിനൊന്നും അർത്ഥവ്യത്യാസം കഥം സർവസ്യ ബ്രഹ്മീത തജ്ജലാൻ എന്ന് പറയുന്നത് ഭാഷകാലം വ്യാഖ്യാനിക്കുന്ന അത് മൂന്ന് പദങ്ങൾ കൂടി ചേർന്നുള്ള സമാസമായിട്ടാണ് ഒറ്റ പദമായിട്ടാണ് അതിനെ വികരിക്കുന്നു തജ്ജം തല്ലം തദനം അന്ന് മൂന്നായിട്ട് കൊണ്ടിരിക്കുന്നു സമാസമുള്ള തജ്ജം അത് ജനനം സൃഷ്ടിക്കാനിരിക്കുന്നു തല്ലം ലയം അതിനെ കാണിക്കുന്നു അത് ഭാഷകാലം വേഖ്യാനിക്കുന്നു തദനം കാണിക്കുന്നു അന പ്രാണനെ ജന്മാർത്ഥത്തിലുള്ള ധാതു ലെയ് ലയാര്ത്ഥത്തിലുള്ള ധാതു അന പ്രാണിക്ക് പ്രാണനം ചേഷ്ട എന്നുള്ള അർത്ഥത്തിലുള്ള ധാതു ഈ മൂന്ന് ധാതുക്കളിൽ നിന്നുള്ള മൂന്ന് ശബ്ദങ്ങൾ തജ്ജം തല്ലം തതനം അതിൽ നിന്ന് തജ്ജലാൻ എന്നുള്ള ശബ്ദമാണ് ജുലിക്കുക അങ്ങനെ എന്നുള്ള അർത്ഥമുണ്ട് അങ്ങനെ തോന്നുമെങ്കിലും അതല്ല ്രഹ്മണോജാതം തേജോപന്നാദിക്രമേണത്തിൽ നിന്ന് ഇവിടെ അങ്ങനെ കുറിച്ച് പറയും തേജോപന്ന ആക്രമത്തെ ത്രിപുത്കരണം അടുത്ത് പറയും സൃഷ്ടിയെ കുറിച്ച് തേജസ്സിൽ നിന്ന് ആരംഭിക്കും ആകാശത്തിൽ നിന്നും പറയാറുണ്ട് അങ്ങനെ സർവവും അതിൽ നിന്നാണ് ഉണ്ടായത് അത് തജം അതുകൊണ്ട് ഇതെല്ലാം ഇതാണോ അതിൽ നിന്നുണ്ടായതാണോ പരമാനിമേണ എങ്ങനെയാണ് ഉണ്ടായത് പ്രതിലോമതയ തിരിച്ച് ഇവിടെ പറഞ്ഞു തേജോ വന്നാതിക്രമേണ തിരിച്ച് അന്നം തേജസ് അതാണ് പ്രതിലോമം ആ രീതിയിൽ തസ്മിന്നേവ ബ്രഹ്മണനീയതയെ വിലയിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരൂപത്തിന് ശേഷിക്കുന്നു അതുകൊണ്ട് സർവം സർവമാണ് അത് തജ്ജമാണ് തല്ലമാണ് ഇനി തഥാ തസ്മിന്നേവ സ്ഥിതികാല അനിതി പ്രാണിതി ചേഷ്ടതയി അതിൽ തന്നെ സ്ഥിതികാലത്തിൽ പ്രാണനം ചെയ്യുന്നു ചേഷ്ഠിക്കുന്നു നിലനിൽക്കുന്നു അതിൽ മൂന്ന് ധാതുക്കളുണ്ട് അതിന്റെ ഒരു ഗുണന അതിൽ സ്ഥിതി ചെയ്യുന്നു ഇപ്പൊ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ ഏതിനാണോ സംഭവിക്കുന്നത് ആ ബ്രഹ്മം അതിനുപാസിക്കാൻ പറയും സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കുന്നതിന് സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുമായിട്ട് എന്താ ബന്ധം പറയുന്നു ബ്രഹ്മാത്മതയ തൃശു കാലേഷശിഷ്ടം തദ്വെതിരെയാണ് അഗ്രഹണ മൂന്ന് കാലത്തിലും അത് ബ്രഹ്മസ്വരൂപം തന്നെ സൃഷ്ടിയുടെ കാലത്ത് സ്ഥിതി ചെയ്യുമ്പോൾ നശിക്കും ഈ കാലഘട്ടത്തിനും അത് ബ്രഹ്മം തന്നെ എന്നാണ് സാധാരണ ജഗത്മിഥ്യ എന്ന് പറയുമ്പോൾ ഇതിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെയുള്ള അവസ്ഥ അത് ബ്രഹ്മം അങ്ങനെയാണ് നമ്മൾ ധരിക്കുന്നത് ഉദാഹരണവും പറയും രജ്ജുവിലെ സർപ്പത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കും പിന്നെ ഇവിടെ സർപ്പമില്ലല്ലോ പിന്നെ ശേഷിക്കുന്ന രജ്ജു അതാണ് രജ്ജു അതുപോലെ ഈ പ്രമചത്വം നിഷേധിച്ചു കഴിഞ്ഞാൽ എവിടെ സുഹൃത്തിയിലോ സമാധിയിലോ എവിടെയെങ്കിലുമൊക്കെ ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നു അതാണ് ബ്രഹ്മ അങ്ങനെയാണ് നമ്മൾ സാധാരണ പറയുന്നത് ശുഭഭാഷകാരൻ എങ്ങനെയാണ് പറയുന്നത് ഈ കാണുന്ന ജഗത്ത് തൃഷു കാലേഷ എല്ലാ കാലഘട്ടത്തിലും അത് സൃഷ്ടികാലത്തിനും സ്ഥിതികാലത്തിനും ലയകാലത്തിനും ബ്രഹ്മാത്മതയ ബ്രഹ്മസ്വരൂപം തന്നെ അങ്ങനെ പറയുന്നത് ദ്വീതത്തിനെതിരല്ല ഈ കാണുന്ന ഈ പ്രപഞ്ചം ബ്രഹ്മസ്വരൂപം തന്നെ എന്തുകൊണ്ട് കാര്യകാരണങ്ങൾക്ക് അനന്യതയുള്ളതുകൊണ്ട് ബ്രഹ്മാത്മതയ തൃശു കാലേഷശിഷ്ടം ഒരേ രൂപത്തിൽ തന്നെ ഇരിക്കുന്നു സൃഷ്ടി സ്ഥിതി നാശം എന്നുള്ള ഭേദങ്ങൾ കൊണ്ട് ബ്രഹ്മത്തിൽ ഭേദം വരുന്നില്ല ആ തത്വം തന്നെയാണ് അവിടെ സൃഷ്ടിക്കാലത്തിലും ഇവിടെ ദ്വൈതമില്ല സ്ഥിതികാലത്തിലും ദ്വൈതമില്ല ലയകാലത്തിലും ദൈതമില്ല സർവംഖലിതം ബ്രഹ്മ തദ്വ്യതിരേ അഗ്രഹണ ബ്രഹ്മം വ്യതിരിക്തമായിട്ട് പ്രപഞ്ചമില്ല നാമരൂപാത്മകമായ ഈ പ്രപഞ്ചം അത് ബ്രഹ്മം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു വേറെ തരത്തിലും വ്യക്തി അങ്ങനെ ബാധസമാനാതകളും സർവംഖലിതം ബ്രഹ്മ സർവ്വെങ്ങനെ ബ്രഹ്മമാകും സർവ്വമെന്നു പറയുമ്പോൾ നാന ആഴുതി നാനാത്വം അങ്ങനെ ഏകമാകും കൊണ്ടാ നാനാത്വത്തെ അങ്ങ് നിഷേധിക്കും നിഷേധിച്ചിട്ട് പിന്നെ ശേഷിക്കുന്നതെന്താ ബ്രഹ്മം രജ്ജുവിനെ സർപ്പത്തെ നിഷേധിച്ചാൽ ശേഷിക്കുന്നത് രജ്ജു അവിടെ രജ്ജു മാത്രമേ ഉള്ളൂ സർപ്പം കൂടെ ഇല്ല രജ്ജുവിനെ കാണുമ്പോൾ സർപ്പത്തെ കാണാൻ കഴിയുന്നില്ല അതൊരു തരത്തിൽ അതൊരു പ്രക്രിയ അങ്ങനെ പറയുന്നു ഇത് മറ്റൊരു പ്രിയാണ് എന്താണ് തൃശു കാലേഷശിഷ്ടം മൂന്ന് കാലത്തിനും എന്നു പറഞ്ഞാൽ ആ സർപ്പത്തെ കാണുന്ന സമയത്തും നിഷേധിക്കണ്ട അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് രജ്ജ് തന്നെ അതല്ലേ വാസ്തവം കാരണം അവിടെ രണ്ടാമതൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് അതിനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും സർപ്പത്തെ കണ്ട സമയത്തും പിന്നീടായി ചിന്തിക്കും സർപ്പത്തെ കണ്ട സമയത്തും സർപ്പം ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അപ്പോഴും ഉരച്ചു തന്നെ നശിച്ചതിന് അതുപോലെ ഇവിടെ പറയുന്നു മൂന്ന് കാലത്തിലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും നൽകി പറയുന്നു വാസുദേവ് സർവമിത്തി ഇത് സിഷ്ടമാകുമ്പോഴും ഇത് വിലയിക്കുമ്പോഴും അല്ല ഇനി ഇതെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഇതെല്ലാം തന്നെ എന്തുകൊണ്ട് ഇത് അതിൽ നിന്ന് വേറിട്ടല്ല കാരണത്തിൽ നിന്ന് കാര്യത്തിന് വേറിട്ട് നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് നാമരൂപാത്മകമായിരിക്കുന്ന ഇത് അത് ആ ഭ്രമം തന്നെയാണ് നാമരൂപങ്ങള് നിഷേധിക്കുന്നുണ്ടോ ഒരണ അഭിപ്രായ വ്യത്യാസം പറയുന്നു ദ്വീതികളും മറ്റും പറയുന്നെന്താണ് നാമരൂപങ്ങളെ നിഷേധിക്കാൻ പാടില്ല അല്ല ദ്വീതി പറയുന്നെന്താണ് നാമരൂപങ്ങളെ നിഷേധിക്ക അതിലേ തമ്മിലെ വ്യത്യാസം നാമരൂപങ്ങളെ നിഷേധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ൾ സത്യമാണ് അവിടെ ദ്വൈതവും അദ്വൈതവും തമ്മിൽ ഒരു വളരെ ചെറിയ വ്യത്യാസമാണ് ആത്യന്തികമായിട്ടാ വ്യത്യാസം തന്നെ ഇല്ല ഒരു കൂട്ടർ പറയുന്നത് നാമരൂപങ്ങൾ സത്യമാണ് അതുകൊണ്ട് അതിനെ നിഷേധിക്കാൻ പാടില്ല അംഗീകരിക്കുന്നു ഇവിടെ എന്താണ് പറയുന്നത് ആ നാമരൂപങ്ങൾ അനുഭവപ്പെടുമ്പോഴും അത് ആ ബ്രഹ്മം തന്നെ അപ്പൊ നാമരൂപങ്ങളും നിഷേധിക്കുന്നില്ലല്ലോ നാമരൂപങ്ങളും നിഷേധിക്കില്ല അത് ബ്രഹ്മം തന്നെ എന്ന് പറയുമ്പോൾ നിഷേധിക്കുന്നില്ല അവിടെ ചോദ്യം വരും അങ്ങനെയാണെങ്കിൽ പിന്നെ നാമരൂപങ്ങളെ നാമരൂപമായി കണ്ടാക്കേ എന്തിനെ ബ്രഹ്മം എന്ന് പറയണം അപ്പൊ അത് അർത്ഥാത് അവിടെ നിഷേധം വരുന്നുണ്ടല്ലോ ാണത് നാമരൂപങ്ങൾ നാമരൂപമായിട്ടാണ് ബ്രഹ്മമായിട്ടുള്ള നാമരൂപമായി തന്നെ അംഗീകരിക്കുക പിന്നീട് നമുക്ക് പരിചയമില്ലാന്നായി പറയുക ബ്രഹ്മം അത് പരിചയമുള്ള അതായി പറയും ബ്രഹ്മം എന്ന് പറയുന്ന ശബ്ദത്തിന് വിശേഷത്തിൽ അവിടെ നാമരൂപങ്ങൾ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ താല്പര്യം നാമരൂപങ്ങൾ അതിന്റെ കാരണ സ്വരൂപമാണ് എന്തായാലും ഇത് ശിഷ്ടമായതാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ കൂടെ അദ്ധൈന അദ്വൈവിക്കോ ആർക്കും ഇതുണ്ടായതാണ് എന്ന് പറയും കാരണം സൃഷ്ടി ജീവന്റെ നിരന്തരമായ അനുഭവമാണ് സിഷ്ടമായ നാമരൂപങ്ങൾ ഉണ്ടായതാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനൊരു കാരണം വേണം കാരണം കൂടാതെ ഉണ്ടാകില്ലല്ലോ ഉണ്ടായിരുന്നെങ്കിൽ ഈ ലോകത്ത് കാരണം കൂടാതെ ഇപ്പോൾ വസ്തുക്കൾ ഉണ്ടായിക്കൊണ്ടിരുന്നത് കാണുന്നില്ല ഏതൊരു കാര്യവും കാരണത്തെ അപേക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിൽ നാമരൂപാത്മകമായിരിക്കുന്നു ഈ പ്രപഞ്ചത്തിനൊരു കാരണം ആ കാരണവും ഇതുമായിട്ടുള്ള ബന്ധം കാര്യകാരണ ബന്ധം ആ കാര്യം നാമരൂപം അതിന്റെ സ്ഥിതി എന്താണ് കാര്യകാരണങ്ങൾക്ക് ഉള്ള ബന്ധം അതാണ് സർവത്ര കാണുന്ന എന്താണ് ദാദാത്യം അനന്യത്വം ിൽ നിന്നോ പാത്രം ഉണ്ടായാൽ അത് മൃത്തു തന്നെ അങ്ങനെ ഇത് ഏത് കാരണത്തിൽ നിന്നാണോ ഉണ്ടായത് ഇതാ കാരണം തന്നെ എന്ന് പറയുന്നു അത് കാരണം തന്നെയെന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ ആ നാമരൂപങ്ങളെ നിഷേധിക്കുന്നു വേറെ തരത്തിൽ നിഷേധിക്കുന്നില്ല രണ്ട് സംഭവിക്കുന്നു അതിനോട് ദുരിതവുമായിട്ട് ഭേദമില്ല എന്ന് പറയുന്നു ീതികൾ പറയുന്ന എന്താണെന്ന് നിഷേധിക്കാൻ പാടില്ല നിഷേധിക്കുന്നില്ല പാത്രത്തിൽ നിഷേധിക്കുന്നില്ല പാത്രത്തിൽ നിഷേധിച്ചാൽ എന്താ എൻ്റെ താല്പര്യം അത് മണ്ണ് തന്നെയെന്ന് പറയുന്നതാണ് അതാണ് പാത്രത്തിൻ്റെ നിഷേധമെന്ന് പറയുന്നത് മണ്ണ് തന്നെയെന്ന് പറയുമ്പോൾ അവിടെ എന്താ ഫലത്തിന് നിഷേധം കൊണ്ട് എന്താ സാധിച്ചത് നിഷേധം കൊണ്ട് സാധാരണ നിഷേധത്തിന്റെ അർത്ഥമെന്ന് പറയുന്നത് അഭാവമാണ് നമ്മൾ പറയുന്നു ഇത് അശ്വമല്ല എന്ന് പറയും അശ്വമല്ലെന്ന് പറഞ്ഞെന്താണ് ഗോ പശുവാണ് എന്ന് പറയും അവിടെ അശ്വത്വം നിഷേധിക്കുക അശ്വത്തിന്റെ അഭാവത്തെയാണ് സാധിക്കുന്നത് നിഷേധം സാധാരണ ഭേദത്തേണ് ഉണ്ടാകുന്നു ഇത് അശ്വമല്ല എന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്നെന്താണ് അശ്വം വേറെ ഗോവ് വേറെ ും അശോത്തിന്റെ ഭേദത്തെ എറിയുന്നു അശോത്തിൽ നിന്ന് ഗോവിന്റെ ഭേദത്തെ അറിയുന്നതാണ് സാധാരണ നിഷേധം പലതരത്തിലുണ്ട് നിഷേധം സാധാരണ ആറ് തരത്തിലും നിഷേധാർത്ഥം വരും പറയും പൊതുവി പറയുന്നതാണ് നിഷേധം ഭേദത്തെ ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ ബോധിപ്പിക്കുന്നു അല്ലെങ്കിൽ പറയും നിഷേധ ബോധിപ്പിക്കുന്നു അങ്ങനെല്ലാം പറയും അത്തരത്തിലുള്ള ഒരു നിഷേധം പാടില്ല എന്നാണ് പറയുന്നത് അതാണ് ദ്വീതികൾ പറയുന്നതിൻ്റെ താല്പര്യം ഭേദത്തെ നിഷേധിക്കാൻ പാടില്ല ഭേദത്തെ അംഗീകരിക്കാൻ അതാണ് അവർ പറയുന്നത് ഇവിടെ എന്താണ് പറയുന്നത് കാര്യത്തെ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഭേദത്തെ പറയുന്നില്ല പാത്രത്തെ നിഷേധിക്കുക എന്ന് എന്താണ് അത് മണ്ണാണെന്ന് പറയുകയാണ് ഒരു വസ്തുവിനവിടെ നിഷേധിക്കുന്നില്ല പാത്രം മണ്ണ് തന്നെയെന്ന് പറയുകയാണ് അപ്പോൾ ഇത് അശുവും പശുവല്ല എന്ന് പറയുമ്പോൾ അല്ല പാത്രം മണ്ണ് തന്നെയെന്ന് പറയുമ്പോൾ അവിടെ എന്താ ഭേദം അഭേദം വരികയാണ് അതാണ് അപ്പോൾ നാം നിഷേധിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അവിടെ അദ്വൈതി അത് തന്നെ പറയുന്നു നാമരൂപങ്ങളെ നിഷേധിക്കുന്നില്ല നിഷേധിച്ചാൽ എന്താ എന്റെ താല്പര്യം അത് അതിന്റെ കാരണം തന്നെ നമ്മുടെ ഭേദത്തെ സ്വീകരിക്കുന്നില്ല കാര്യത്തിനൊന്നും കാരണം വേറെയല്ല എന്നെ പറയുന്നതിന്റെ താല്പര്യമുണ്ട് നിഷേധിക്കുന്നു നിഷേധം വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നു അഭേദത്തിലെത്തിക്കുന്നു അപ്പോൾ ഭേദത്തെ നിഷേധിക്കാൻ പാടില്ല എന്നാണ് നിഷേധിക്കുന്നില്ല മറിച്ച് നിഷേധത്തിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് അതിന്റെ തത്വത്തെ പറയുന്നു ഭേദത്തെയല്ല പറയുന്നത് നിഷേധത്തെ അല്ല ബോധിപ്പിക്കുന്നത് മറിച്ച് അതിന്റെ തത്വം പാത്രത്തെ നിഷേധിച്ചാൽ അതിന്റെ തത്വത്തെ പറയുന്നത് എന്താണത് മണ്ണം അപ്പൊ നാമരൂപതങ്ങളിൽ നിഷേധിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ തത്വത്തെ പറയുന്നു നാമരൂപങ്ങൾ കാര്യമാണ് അത് കാരണമാണോ അങ്ങനെ പറയുന്നതിൽ ഭേദനിഷേധം വരുന്നില്ല ധൈര്യങ്ങൾ കല്പിക്കുന്നത് പോലെയുള്ള ഭേദ നിഷേധം അവിടെ സംഭവിക്കുന്നില്ല മനസ്സിൽ അഭേദത്തെ പറയുക ഒരു നമുക്ക് പറയാൻ എന്താണ് നാം ഒരു നിഷേധിക്കുന്നു പക്ഷെ അത് സാറിന് ധരിക്കും പോലെയല്ല നിഷേധിക്കാന്ന് പറഞ്ഞാൽ അവിടെ തത്വത്തെ പറഞ്ഞു ഒന്നാണ് ഏകമാണ് ബ്രഹ്മാത്മതയ കൃഷി കാലേഷശിഷ്ട അപ്പോൾ സൃഷ്ടിസ്ഥിതി സംഹാര മൂന്ന് കാലത്തിനും ഇത് ആ ബ്രഹ്മം തന്നെയാണ് അതാണ് വാസുദേവ സർവനിധി എന്ന് പറയുന്നത് അതിനെ യോജിപ്പിക്കാൻ വിശിഷ്ടം വിശിഷ്ടമായ അദ്വൈത എന്നും മറ്റും പറയും എൻ്റെ ആവശ്യമില്ല കാര്യകാലങ്ങളുടെ ബന്ധം സ്പഷ്ടമാണ് കാര്യം ആ കാരണം തന്നെ നാമരൂപാത്മകമായിരിക്കുന്നത് ഏത് സമയത്തും നാമരൂപാത്മകമായി പ്രകടമായിരിക്കുമ്പോഴും അത് തന്നെ അതിനെ നിഷേധിച്ചതിന് ശേഷമല്ല ആ തത്വം എന്ന് പറയാൻ വേണ്ടിട്ട് സമാധിയിലോ സുഷൃതിയിലോ ഒന്നും പോകേണ്ട കാര്യം ജാഗ്രത തന്നെ തത്വം തന്നെ വേറിട്ട് ഇതിനൊന്നും നിലനിൽപ്പില്ല ആ കാരണം തന്നെ അതിനാണ് മൃത്തിന്റെ സ്വർണത്തിന്റെ എന്ന ഉദാഹരണം പറയുന്നത് അപ്പൊ അവിടെ ദ്വൈതം അദ്വൈതമെന്ന് പറയുന്ന ഭേദം ഇല്ല അതാണ് പറയുന്നത് തൃഷു വിശിഷ്ടം അതാണ് മൂന്ന് കാലങ്ങളിലും നിഷേധിച്ചതിന് ശേഷമല്ല നമ്മൾ നിഷേധിക്കാതിരിക്കുമ്പോഴും അത് പാത്രത്തെ കണ്ടിട്ട് ഇത് പാത്രമല്ല മണ്ണാണ് എന്നും നിഷേധിക്കാതിരുന്നാലും പാത്രമല്ല അങ്ങനെ നിഷേധിക്ക അത് മണ്ണ് തന്നെ നിഷേധിച്ചിരുന്നെങ്കിലും അത് മണ്ണ് തന്നെ അതിന് മണ്ണല്ലാതെ മറ്റൊന്നും ആയിരിക്കാൻ കഴിയില്ല അത് പാത്രമാകുന്നതിന് മുമ്പും മണ്ണാലും പാത്രമായപ്പോഴും മണ്ണ് തന്നെ ഇനി അത് പാത്രം നശിച്ചാലും മണ്ണ് തന്നെ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പാത്രമല്ലാന്ന് പറയേണ്ട ആവശ്യമില്ല അങ്ങനെ പറഞ്ഞാലേത് മണ്ണാകുന്നില്ല നിഷേധത്തെ ആശ്രയിച്ചില്ല ഇപ്പം ജഗന് മിഥ്യ എന്ന് പറയുന്നത് ജഗത്ത് സത്യമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴും അത് തന്നെ ജഗന്മിഥ്യ നമ്മളത് നിഷേധിക്കേണ്ട ആവശ്യമൊരു മിഥ്യയാണ് അപ്പോഴും അത് തന്നെ സർപ്പത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് കയറി തന്നെയാണ് പ്രപഞ്ചത്തെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോഴും അത് ബ്രഹ്മം തന്നെയാണ് അതുകൊണ്ടാണ് തൃശു കാലു പ്രത്യേകം പറയുന്നത് എപ്പോഴും അത് ബ്രഹ്മം തന്നെയാണ് അല്ലാതെ നമ്മൾ സാധാരണ മനസ്സിലാക്കുന്ന പോലെ ജഗന്മിഥ്യ ജഗത്തിനെല്ലാം നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതാണ് നമ്മുടെ മനസ്സ് വരുന്നത് ജഗത്തിന് നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നത് ബ്രഹ്മം അങ്ങനെയല്ല ജഗത്തിന് നിഷേധിക്കാതിരുന്നാലും ശേഷിക്കുന്നത് ബ്രഹ്മം തന്നെ ബ്രഹ്മത്തെ സമർത്ഥിക്കാൻ വേണ്ടി ജഗത്തിന് നിഷേധിക്കേണ്ട കാര്യ എന്തുകൊണ്ട് അജഗത്താ ബ്രഹ്മം തന്നെയാണ് ൃശ്ശു കാലേഷു മൂന്നുകാലങ്ങളിലും ഉണ്ട് പക്ഷേ എന്തിനു മുന്നിൽ നിഷേധിക്കുന്നു ജഗത്ത് നാമരൂപാത്മകമായി വികാരൂപത്തിന് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു സത്യം അവികാരിയാണ് നിർഗുണമാണ് നിരാകാരമാണ് നിത്യശുദ്ധ മുക്തമാണ് എന്നെല്ലാം പറയുന്നു ആ പറയുന്ന അതിന്റെ യഥാർത്ഥ തത്വത്തെ ബോധിപ്പിക്കുന്നതിനുള്ള കേവലൊരു ഉപായം എന്നുള്ളതാണ് അധികം ഞാൻ നിഷേധത്തിന് സത്യമല്ല അതിനെ പറയുന്നു വിചാര രീതി പ്രക്രിയ അത് സത്യമല്ല ഇവ മിഥ്യെന്ന് പറയുന്നതല്ല സത്യം സത്യം അതിനെ ആശ്രയിച്ചല്ല നിൽക്കുന്നു നിഷേധത്തെ ആശ്രയിച്ചല്ല സത്യം നിൽക്കുന്നു അതുകൊണ്ട് നിഷേധിച്ചാലും നിഷേധിച്ചാലും മൂന്ന് കാലത്തിലും കാണുന്നതെല്ലാം എന്താണോ അവശിഷ്ടം അത് തന്നെയാണ് പറയുന്നു തദ്വ്യതിരേഖല അഗ്രഹണ ആ കാരണത്തിൽ നിന്ന് വേറിട്ടതിനെ ഗ്രഹിക്കാൻ കഴിയില്ല നാമരൂപങ്ങൾ വേറിട്ടുണ്ടായിട്ട് വേണ്ടേ എന്നാലേ നിഷേധിക്കാൻ പറ്റും നാമരൂപങ്ങളെന്തുകൊണ്ട് വർത്തമാനകാലത്ത് നിഷേധിക്കാൻ പറ്റുന്നില്ല ആ ശരി സുഷുത്തിൽ നിഷേധിക്കാം പ്രളയത്തിൽ നിഷേധിക്കാം അവിടെയില്ല പക്ഷെ ഇതിങ്ങനെ നിലനിൽക്കുമ്പോൾ ഇതിനെങ്ങനെ നിഷേധിക്കും പറയുന്നു നിലനിൽക്കുമ്പോൾ അവിശിഷ്ടം തദ്വെതിരെയാണ് ആഗ്രഹ ഇതിങ്ങനെ നിലനിൽക്കുമ്പോഴും അത് തന്നെയാണ് നിങ്ങൾ നിഷേധിച്ചാലും ശരി നിഷേധിച്ചില്ലെങ്കിൽ ശരി നിഷേധം സ്വന്തം ബുദ്ധിമുട്ടാണ് അതറിയാവുന്നവരും നിഷേധിക്കുന്നു അങ്ങനെ ഒരു അറിവ് ബുദ്ധിയിൽ ഇല്ലാത്തവർക്കും നിഷേധിക്കാൻ പറ്റില്ല എന്താ നിഷേധിക്കാത്തവരെ സംബന്ധിച്ചത് ബ്രഹ്മല്ലേ നിഷേധിച്ചാലും നിഷേധിച്ചിരുന്നെങ്കിൽ ഇതാ ബ്രഹ്മം തന്നെ അത് നിഷേധിക്കുന്നവരെ നമ്മൾ പറയുന്നു എന്താണ് തത്വജ്ഞാനം പറയുന്നു നിഷേധിക്കാത്തവരെ പറയുന്നു ജ്ഞൻ എന്ന് പറയും നീ വ്യത്യാസം രണ്ടുപേരും എന്താണ് ആ ബ്രഹ്മം തന്നെയാണ് ആ ബ്രഹ്മസ്ഥിതി അവന്റെ തത്വജ്ഞാനത്തെയോ അജ്ഞാനത്തെയോ ഒന്നും ആശ്രയിച്ചല്ല്രഹണ അതിൽ നിന്ന് വേറിട്ട് ഈ നാമരൂപങ്ങളെ ഗ്രഹിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും അത് തന്നെ അതുകൊണ്ടിവിടെ വ്യക്തമായി പറയുന്നു അധഹ തൊണ്ട് തദവ ഏത് ആ ബ്രഹ്മൻ തന്നെയാണ് ഇതം ജഗത് സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു ഈ ജഗത്ത് ആ ബ്രഹ്മൻ തന്നെയാണ് പറയുന്നു ഇത് നോക്കണം അദ്ദേഹത്തിന്റെ ഈ രണ്ട് കാഴ്ചപ്പാട് മനസ്സിലാക്കില്ലെങ്കിൽ ആശയക്കുഴപ്പമുണ്ട് ജഗത്തിന് നിഷേധിക്കുന്ന നാമരൂപങ്ങളല്ല എന്ന് പറയും ഇവിടെ തന്നെ ഇവിടെ എന്താണ് പറയുന്നത് തദ്വ ഇതം ജഗത് ആ ബ്രഹ്മം തന്നെ ഈ ജഗത്ത് മറ്റു സ്ഥലത്ത് പറയുന്നതാണ് നേതി നേടി ഇതല്ല ബ്രഹ്മ ഇതല്ല ഇത് രണ്ടും ഒരു ഒരു ശാസ്ത്രത്തിലാണ് പറയുന്നത് ഒന്ന് മാത്രം മനസ്സിലാക്കിയ ആശയക്കുഴക്കുമ്പോൾ അദ്വൈതത്തെ സംബന്ധിച്ചുള്ള അപൂർണമായ കാഴ്ചപ്പാടായിരിക്കും ഇതും അദ്വൈതമാണെന്ന് മനസ്സിലാക്കണം അത് മനസ്സിലാക്കാനാ പ്രയാസം നമ്മളെന്താണ് ധരിച്ചിരിക്കുന്നത് ഇതം ന ഇതം ന ഇതല്ല ബ്രഹ്മ ഇതല്ല നാമരൂപങ്ങളെ നിഷേധിക്കുന്നു ആകാശാദി പഞ്ചഭൂതങ്ങളെ നിഷേധിക്കുന്നു പിന്നെ പറയുന്ന എന്താണ് പഞ്ചകോശ വിവേകം ദണ്ണമയ കോശമല്ല പ്രാണമയ കോശമല്ല അങ്ങനെ നിഷേധിക്കുന്നു എൻ്റെ ഭൂതങ്ങളും നിഷേധിക്കുന്നു ശബ്ദസ്പർശന ഉപരസ ഗന്ധങ്ങളെ നിഷേധിക്കുന്നത് ശരീരം മനസ്സ് ഇന്ദ്രിയം എല്ലാത്തിനെയും നിഷേധിച്ചിട്ട് പറയുന്ന എന്താണോ ശേഷിക്കുന്നത് വാധ അവധി അതാണ് ബ്രഹ്മം എന്ന് പറയുന്നത് അത് ഒരു വിചാര രീതി മാത്രം അത് മാത്രമല്ല അദ്വീതം ഈ പറയുന്ന ദ്വീതമാണ് എന്താണ് തദൈവ ഇതഞ്ജത് അത് തന്നെയാണ് ഈ ജഗത്ത് അപ്പൊ ഇവിടെ നിഷേധിക്കാൻ പറ്റും ബ്രഹ്മമാണ് ഈ ജഗത്ത് എന്നാ പറഞ്ഞിരിക്കുന്നത് ബ്രഹ്മമാണ് ഈ കാണുന്ന ജഗത്ത് അപ്പൊ ജഗത്തിനെങ്ങനെ നിഷേധിക്കാൻ പറ്റും ബ്രഹ്മമാണ് ജഗത്തെങ്കിൽ നേതി നേതീന്ന് അങ്ങനെ നിഷേധിക്കാൻ പറ്റും പിന്നെ നിഷേധിക്കുന്നത് എങ്ങനെ അപ്പം നിഷേധത്തിന് എന്താ പ്രസക്തി താല്പര്യം ഇത്രയേ ഉള്ളൂ ബ്രഹ്മമല്ല എന്നുള്ള തോന്നു തന്നെയാണ് നിഷേധിക്കുന്നത് നീതി നീതി അങ്ങനെ ഒരാൾക്ക് തോന്നുകയാണ് അങ്ങനെ തോന്നും എങ്ങനെ മണ്ണല്ല മൺപാത്രം എന്നൊരാൾക്ക് തോന്നിയാൽ നിഷേധിച്ചല്ലേ സ്വർണ്ണമല്ല ആഭരണങ്ങൾ എന്ന് തോന്നിയാൽ അതാണ് സാധാരണ ജീവന്റെ അനുഭവം വാസ്തവത്തിൽ അതാണ് പക്ഷെ എന്തോ വേറിട്ട് തോന്നുന്നു ഇത് വേറെ ഞാൻ വേറെ നീ വേറെ ശരീരം വേറെ നാമരൂപങ്ങൾ വേറെ ഈ ഭേദബുദ്ധി നിലനിൽക്കും ആ ഭേദബുദ്ധിയെ അവിടെ എന്താ വാസ്തവത്തിൽ ഉണ്ടാവേണ്ടത് മൺപാത്രം മണ്ണ് തന്നെ മണ്ണ് തന്നെയാണ് ഈ മൺപാത്രം സ്വർണം തന്നെയാണ് സ്വർണ്ണാഭരണം അതൊരു തത്വമാണ് വാസ്തവമാണ് ശരിയാണെങ്കിലും എങ്ങനെയോ ഭ്രമിച്ചു ഭ്രമിക്കുന്ന എങ്ങനെ തത്വത്തെ വിസ്മരിച്ചു പോകും ഇത് മണ്ണാണ് സ്വർണ്ണമാണ് അത് വിസ്മരിച്ചിട്ട് മറ്റെന്തൊക്കെയായിട്ട് കാണും നാമരൂപാത്മകമായി കാണും അതുപോലെ ശബ്ദസ്പർശനാത്മകമായി കാണും പ്രപഞ്ചാത്മകമായി കാണും അവിടെ നിഷേധിക്കേണ്ടി വരുന്നു ഇതല്ല മറിച്ചാണെങ്കിലോ തദൈവ ഇതം ജഗത് അത് തന്നെ ഈ ജഗത്ത് ബ്രഹ്മം തന്നെയാണ് ഇതുകൊണ്ട് അദ്വൈതത്തിലെ രണ്ടു പേർക്ക് ചെയ്യും നീതി നേതി എന്നു പറയുന്നതും സർവമുതൽ നിധം ബ്രഹ്മ എന്ന് പറയുന്നതും രണ്ടും ശരിക്കും മനസ്സിലാക്കിയാലേ അത് അദ്വൈതമാകത്തും ഒന്ന് മാത്രം മനസ്സിലാക്കിയാൽ പറയും എന്താണ് ആ ശങ്കരാചാര്യ പ്രപഞ്ചത്തേക്ക് നിഷേധിച്ചു അതാണ് ഇവിടുത്തെ എല്ലാ തകരാറുകൾക്കും കാരണം എന്ന് പറയും അതൊരു ഭാഗം മാത്രം മനസ്സിലാക്കുന്നുണ്ടോ ഇത് മനസ്സിലാക്കാത്ത അതാണ് തതയവേദൻ ജഗത് അത് തന്നെയാണ് ഈ ജഗത്ത് യഥാചയിതം അദ്വിതം യഥാചയിതം തദവീ കാണുന്നു ഈ ജഗത്ത് അത് തന്നെയാണ് ഏകമേവ അദ്വീയം അത് തന്നെയാണ് ഏകമേവാദ്വീയം എന്ന് പറയുന്നത് എനിക്ക് പറയും ഷഷ്ടേ വിസ്തരേണ ആറാം അധ്യായത്തിൽ വളരെ വിശദീകരിച്ച് പറയും രണ്ടു തരത്തിൽ അതുകൊണ്ട് ഇത് ബ്രഹ്മമാണ് ബ്രഹ്മം എന്ന് പറയുന്നതിലൊന്നും അദ്വീതത്തിന് വിരുദ്ധമായ കാര്യമാണ് അദ്വീതം തന്നെ പറയാത്ത കാര്യമാണ് സാർ പറഞ്ഞിട്ടുള്ള കാര്യം സർവമിതം ബ്രഹ്മ വീണ്ടും പറയും കാണുന്നല്ലാതെ ബ്രഹ്മം തന്നെയാണ് ഇത് ബ്രഹ്മമാണെന്ന് വന്നാൽ പിന്നെ അവിടെ നിഷേധത്തിന് യാതൊരു പ്രസക്തി ഒന്നിനെ നിഷേധിക്കാൻ അത് മനസ്സിലായെങ്കിൽ പലതിനെ നിഷേധിക്കേണ്ടി വരും അതുകൊണ്ട് അതോ രാഗദ്വേഷാദിദോഷരഹിത സംയത സൻ യത്തത്സർവം ബ്രഹ്മ തത് വർമാണ്ണയിൽ ഉപാസീത ബ്രഹ്മ ഉപാസനയ്ക്ക് വേണ്ടി പറയുന്ന ഭാഗമാണ് പ്രകടനങ്ങളെല്ലാം ഉപാസനയാണ് ഉപാസനയിൽ തന്നെ തത്വം ചിന്തിയും വരാഷകാലം പറയുന്നു ഈ തത്വത്തെ എന്തുകൊണ്ട് പറയുന്നു സർവമിതം ബ്രഹ്മ ഈ ജഗത്ത് ബ്രഹ്മം തന്നെ അതുകൊണ്ട് ബ്രഹ്മെന്ന് പറയുമ്പോൾ ബാക്കിയല്ലാധികൾ അത് ഏകമാണ് ശാന്തമാണ് ഭേദരഹിതമാണ് അതുകൊണ്ട് ശാന്ത ഉപാസീത ശാന്തനായി രാഗദ്വേഷാദിദോഷരഹിതനായി ഉപാസിക്കുക അതുകൊണ്ടാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ഉപാസിക്കുക ഉപാസന ഏതുമായി കൊള്ളട്ടെ പക്ഷെ അത് തത്വബോധത്തോടു കൂടിയായിരിക്കണം അത് മാത്രമല്ല അത് ശാന്തനായിരിക്കണം ശാന്ത ശാന്തി എന്ന് പറയുന്നത് മനസ്സ് സ്വസ്ഥമായിരിക്കണം ശാന്തമായ മനസ്സുകൊണ്ട് സ്വസ്ഥമായ മനസ്സുകൊണ്ട് വേണം ഉപാസിക്കേണ്ടത് ധ്യാനിക്കേണ്ടത് അതല്ലെങ്കിൽ ധ്യാനമൊന്നും ശരിയാവത്തില്ല നമ്മൾ ഗീതാക്ലാസ്സിൽ ചർച്ച ചെയ്തതാണ് അതെന്തിനാ അതിന് ശാന്തിയുടെ ആവശ്യം എന്താണെന്നൊക്കെ അന്ന് പലരും സംശയം ചോദിച്ചു അതങ്ങനെ സംഭവിക്കും ശാന്തി എങ്ങനെ ഉണ്ടാവും ശാന്തി ഉണ്ടായാലേ മനസ്സിന് സമാധാനം ഉണ്ടായാലേ പറ്റൂ അത് അതാണ് അതിന് നമ്മളെന്നും മനസ്സിന് സമാധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ധ്യാനിക്കുന്നത് അതാ ധ്യാനിച്ച സമാധാനം കിട്ടുമെന്നാണ് പറയുന്നത് ഇവിടെ പറയുന്ന അങ്ങനെയല്ല ശാന്തി ഉള്ളവൻ ധ്യാനിക്കാനാ പറഞ്ഞു അതാണ് മുഖ്യം എന്നാലേ ധ്യാനം ശരിയാവും മനസ്സിന് ശാന്തി ഇല്ലാത്തവൻ ധ്യാനിക്കാൻ പോയി കഴിഞ്ഞാൽ അത് വെറും മനസ്സിൻ്റെ ഒരു യുദ്ധമായിട്ട് മാത്രം അവശേഷിക്കൂ മറിച്ച് ശാന്തമാണെങ്കിൽ മനസ്സിന് ശാന്തി എങ്ങനെ ഉണ്ടാവും തത്ത്വബോധം കൊണ്ട് ഉണ്ടാവത്തുള്ളൂ രണ്ടാമത്തെ ശാന്തി ഉണ്ടാവത്തു വേറെ ശാന്തി ഉണ്ടാകാൻ വഴിയില്ല തത്ത്വബോധം ഉണ്ടെങ്കിൽ അശാന്തി ഉണ്ടാകുന്നു ഏകത്വബോധം കൊണ്ട് രാഗദ്വേഷാദി ദോഷരീത രാഗദ്വേഷങ്ങളില്ലാതെയാണ് ഇവിടെ ശാന്തി എന്ന് പറയുന്നത് ഈ രാഗദ്വേഷങ്ങളില്ലാതിരിക്കുന്ന അല്ലാതെ താത്കാലികമായി ഉണ്ടാകുന്ന മനസ്സിന്റെ സന്തോഷം അത് നമ്മൾ ശാന്തി തെറ്റിദ്ധരിച്ചിരിക്കും നമ്മൾ പറയുന്നത് എന്താണോ ധ്യാനിച്ച ശാന്തി ഉണ്ടാവും സമാധാനം ഉണ്ടാവും അത് ശാന്തി സമാധാനം അല്ല അത് ഒരു താത്കാലികമായ ഒരു സന്തോഷം സ്വസ്ഥത അതുണ്ടാവും അത് ധ്യാനിക്കണമെന്നുണ്ടാവും എന്താണോ നമ്മൾക്ക് പ്രതികൂലമായിരിക്കുന്നത് അതിനെ ഒഴിവാക്കിയാ ശാന്തി ഉണ്ടാവും ഓരോ ജീവനെ സംബന്ധിച്ചും ഓരോന്നിനും അവർ പ്രതികൂലമായിട്ടു ആ പ്രതികൂലതകൾ ഒഴിവാക്യം അങ്ങനെ പറയുന്നു ചിലർക്ക് ജോലി അസ്വസ്ഥമാവും ജോലി കുറച്ച് സമയം ചെയ്യാതിരുന്ന സ്വസ്ഥമാകും അത്രയേ ഉള്ളൂ ഒരുപാട് പണിയെടുക്കുന്നവർക്ക് അവിടെ തന്നെ സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമായി ചെയ്യും അവർക്ക് മനസ്സ് അസ്വസ്ഥമാവും നമ്മളെന്താ ചെയ്യുന്നവരെ പിടിച്ച അഞ്ചു മിനിറ്റ് ഒരു സ്ഥലത്തിൽ എത്തും നിങ്ങളിവിടെയിരിക്കുക ഒന്നും ചെയ്യണ്ട മനസ്സ് ശാന്തമാകും ഓ സമാധിസുഖം പറയുന്നു വളരെ അസ്വസ്ഥ ഇതെന്താണോ ധ്യാനമല്ല പ്രതികൂലതയെ ഒഴിവാക്കി അത്രയുള്ളൂ എന്താണോ മനസ്സിനെ അസ്വസ്ഥമാക്കിയത് അത് ഒഴിവാക്കി എന്തുകൊണ്ട് ഇവിടെ പറയുന്ന രാഗദ്വേഷാദി ദോഷരഹിതനൊന്നും ആവുന്നില്ല ഒഴുവാൻ്റെ ഉള്ളിൽ രാഗദ്വേഷങ്ങളൊക്കെ ഉണ്ട് രാഗദ്വേഷങ്ങളൊക്കെ ഒരിക്കലും ശാന്തി ഉണ്ടാകത്തില്ല താത്കാലികമായ ശാന്തിക്ക് അത് എങ്ങനെയുണ്ടാക്കാം പ്രതികൂലതകളെ ഒഴിവാക്കുക അനുകൂലമാനുമുള്ള പാൽപ്പായസം കുടിച്ചാലും ശാന്തിയാണ് താത്കാലികമാണെന്നേ ധ്യാനിക്കണമെന്നില്ല പാട്ടുകേട്ട ശാന്തിശാന്തി എല്ലായിടത്തും ഉണ്ട് ഇതൊക്കെ ഈ പറയുന്ന സംഭവിക്കുന്നുണ്ടോ രാഗദ്വേഷാദി ദോഷരഹിതനെന്നും ഭാഷകാലം പറയുന്ന സംഭവിക്കുന്നുണ്ടോ ഇല്ല താത്കാലികമായി മനസ്സ് പ്രവർത്തിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ മനസ്സിഷ്ടമുള്ളതൊന്നും പ്രവർത്തിക്കുന്നു അത് ശാന്തിയാണ് ഇതൊന്നുമില്ല ശാന്തോപാസീതെന്ന് പറയുന്നു രാഗദ്വേഷാദികൾ ഇല്ലാതിരിക്കുന്നു രാഗദ്വേഷാദികൾ എങ്ങനെ ഇല്ലാതാകും മനസ്സിന് തേച്ചിലെഴുതാൻ പറ്റൂ രാഗദ്വേഷൂ രാഗദ്വേഷാദികൾ ഇല്ലാതാകുന്നത് അതിന്റെ കാരണത്തെ ഇല്ലാതാക്കിയാലേ പറ്റൂ രാഗദ്വേഷാദികൾക്ക് കാരണമായിരിക്കുന്ന എന്താണ് ഭേദബുദ്ധി സ്പഷ്ടമാണ് ഞാൻ നീന്നുള്ള ഭേദം ഭേദബുദ്ധിയുണ്ടാകുന്നു അനുകൂലമായതിനോട് രാഗം തോന്നുന്നു പ്രതികൂലമായതിനോട് ദേഷ്യം തോന്നുന്നു ഇത് രണ്ടും ഒരുപോലെ ഒഴിവാക്കേണ്ടതാണ് നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അനുകൂലമായതിനോ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അനുകൂലമായ സാഹചര്യം സൃഷ്ടിക്കുന്നു അനുകൂലമായ മനസ്സിനെ അനുകൂലമാക്കിയെടുക്കുന്നു അനുകൂലമായ വിഷയങ്ങളെ ചിന്തിക്കുന്നു അല്ലേ പക്ഷെ അനുകൂലമുണ്ടെങ്കിൽ എന്തുവരും പ്രതികൂലവും വരും അടുത്ത് എന്തുകൊണ്ട് മനസ്സ് വിഷയം എല്ലാം ദന്ദ്വാത്മകമാണ് ഒന്നിനെ മാത്രം നിർത്താൻ നോക്കത്തില്ല ഒന്ന് നിന്ന് തത്കാലം അത് കഴിയുമ്പോൾ ചെയ്യുന്നു കാരണം അനുകൂലത്തിൽ ഇരിക്കുമ്പോൾ പുറത്ത് പ്രതികൂലം കാത്തു നിൽക്കുകയാണ് കടന്നു വരാൻ തൽക്കാലം ബലം പ്രയോഗിച്ചതിനും മാറ്റി നിർത്തിയിരിക്കുകയാണ് അപ്പൊ അങ്ങനെ കുറച്ച് സമയം ശാന്തമായിരുന്നു വീണ്ടും പ്രതികൂലം കടന്നു വന്നിട്ട് മനസ്സിനെ മലിനമാക്കും വീണ്ടും മനസ്സിലാകെ ദ്വേഷങ്ങൾക്ക് കീഴ്പെട്ടുപോകും കോപതാപങ്ങൾക്കെല്ലാം വശം ബദലാവും അതാണ് നമ്മൾ കാണും ഉപാസകന്മാർക്ക് ശാന്തിയില്ല അസ്വസ്ഥരാണ് അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ധ്യാനിക്കും ധ്യാനം കഴിഞ്ഞാൽ വീണ്ടും അസ്വസ്ഥതയിലേക്ക് തന്നെ പോകും അതല്ല നമുക്ക് കാണാൻ പറ്റത്തില്ല എന്തുകൊണ്ട് അവിടെ ധ്യാനവും ധ്യാനത്തിൽ നിന്നുള്ള മാറ്റവും എല്ലാം ഭേദബുദ്ധിയെ ആശ്രയിച്ചിട്ടാണ് ആ ഭേദബുദ്ധിയോടുകൂടി ചെയ്യുമ്പോൾ അതിന് ആധാരമായിരിക്കുന്നത് രാഗോദ്ദേശങ്ങളാണ് എന്തെ ഒരാള് ധ്യാനിക്കുന്നു അറിയുന്ന എന്റെ മനസ്സ് സ്വസ്ഥമാകുന്നു ശാന്തമാകുന്നു ഇതൊരു വലിയ കാര്യമാണെന്ന് നമുക്ക് തോന്നും പക്ഷെ ഇത് എന്താണ് മമത സ്വാർത്ഥത എന്റെ മനസ്സ് രാഗം എന്നെ അതിനെ പ്രേരിപ്പിക്കുന്നു എന്റെ മനസ്സിന്റെ സ്വാസ്ഥ്യം എത്രയോ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്നു അതിനിടയ്ക്ക് എന്റെ മനസ്സൊന്നും സ്വസ്ഥമാകുന്നു ഇതിന്റെ ഇത് എത്ര സമയം നിൽക്കും ഇതിന്റെ ശക്തി അതിന്റെ ഇച്ഛാശക്തി എളുപ്പം നിശ്ചിച്ചു ഇച്ഛാശക്തി എന്ന് പറയുന്നത് മനസ്സിൻ്റെ ഒരു വൃത്തിയാണ് അത് നില കുറച്ച് കഴിയുമ്പോൾ ധ്യാനം പോവും അസ്വസ്ഥമാവും എന്തുകൊണ്ട് ഭേദബുദ്ധിയാണ് ഇതിനെല്ലാം കാരണം രാഗദ്വേഷാദികളാണോ ഇതിനെല്ലാം കാരണം രാഗദ്വേഷാദിരഹിതനാകണമെങ്കിൽ എന്തുവേണം അവിടെ തത്വബോധം വേണം അതാണ് മുഖ്യം അല്ലാതെ ധ്യാനിക്കാൻ കഴിയില്ല കഴിയും അല്ലാതെയും ധ്യാനിക്കാം ധ്യാനത്തിൽ അനുഭവങ്ങളുണ്ടാകാം പക്ഷെ ശാന്തനാകത്തില്ല അശാന്തനായിരിക്കും ധ്യാനിക്കുന്ന സമയത്ത് ശാന്തനായാലും അത് കഴിയുമ്പോൾ അശാന്തനാകും അപ്പം തത്വബോധം കൊണ്ട് രാഗദ്വേഷാദി രോഗദോഷരഹിത രാഗദ്വേഷാദി ദോഷങ്ങളില്ലാതെ രോഗങ്ങളാണ് ആ രോഗങ്ങളില്ലാതെ ശാന്തനായി തത്വബോധം എന്നർത്ഥം അതുകൊണ്ടുദ്ദേശിക്കുന്നതാണ് അതിനാണ് ആദ്യം പറഞ്ഞെന്താണോ സർവം ഖലിതം ബ്രഹ്മ അദ്ദേഹം തത്വത്തെ ബോധിപ്പിച്ചു ഭേദ ദൃഷ്ടിപ്പാടില്ല ഏകത്വബോധം അഭേദജ്ഞാനം അങ്ങനെ രാഗദ്വേഷങ്ങൾക്കല്ല അതിന്റെ ആ തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്കനുസരിച്ച് രാഗദ്വേഷങ്ങൾ കുറഞ്ഞു വരും തത്വജ്ഞാനം കൊണ്ട് മാത്രം രാഗദ്വേഷങ്ങൾ ഇല്ലാതാകുമോ എന്ന് വെച്ച് തത്വജ്ഞാനം ദൃഢമല്ലെങ്കിൽ ആ തത്വജ്ഞാനവും എന്ത് ഈ രാഗദ്വേഷങ്ങൾക്ക് കീഴിൽപ്പെട്ടു പോകും തത്വജ്ഞാനവും രാഗദ്വേഷങ്ങളിൽ മറഞ്ഞുപോകും അപ്പൊ അതും ആ തത്വജ്ഞാനം ദൃഢമാകും അതിനുവേണ്ടി പറഞ്ഞു സർവലിതം ബ്രഹ്മ ആദൃഢമായ തത്വജ്ഞാനം അതിൽ രാഗദ്വേഷങ്ങളില്ലാതെയായി പറയുന്നു രാഗദ്വേഷാതി രോഗരഹിത സംയതനായി മനസ്സിന്റെ സംയമം അതാണ് അല്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ മനസ്സിനെ പിടിച്ചു കെട്ടുക ഇന്ദ്രിയങ്ങളെയൊക്കെ പിടിച്ചു കെട്ടുക അതൊന്നും സംയമനമല്ല കാരണം പിടിച്ചുകെട്ടിയാൽ ഇത് പിടിപെടും ഒരു സംശയം ഹിമാലയത്തിൽ പോയിരുന്നു ധ്യാനിച്ചാലും ശരി ഇന്നലെ കത്തില്ല എന്തെങ്കിലും സുദ്ധിവിശേഷങ്ങൾ അഭ്യാസം കൊണ്ട് മനസ്സിനുണ്ടായേക്കാം പക്ഷേ ശാന്തി അത് വരത്തില്ല അപ്പോൾ ശാന്തനാവുക സംയമനം എന്ന് പറയുന്നത് അതാണ് രാഗോദ്ദേശങ്ങളില്ലാതെ മനസ്സ് ശാന്തമാവുക അങ്ങനെ സംയതനായി സർവം ബ്രഹ്മ ഇതെല്ലാം എന്താണോ ആ ബ്രഹ്മം തന്നെയാണ് സർവവും നാമരൂപാത്മകമായിരിക്കുന്നതെല്ലാം അപ്പൊ ഞാൻ നീന്നുള്ള ഭേദത്തിന് അടിസ്ഥാനമില്ല ആ ഭേദം കൊണ്ടുവരുന്ന രാഗദ്വേഷങ്ങൾക്കും നിലനിൽപ്പില്ല ആ തത്വബോധത്തിൽ കുറച്ച് ഉപാസിക്കുക ബ്രഹ്മ എങ്ങനെ ഉപാസിക്കും അത് പറയുന്നു ഭക്ഷ്യമാണൈഹി ഗുണഹി ഇനി പറയാൻ പോകുന്ന ഗുണങ്ങളോട് കൂടി അതിനുപാസിക്കും എങ്ങനെയുള്ളതാണ് അബ്രഹ്മം ആ രീതിയിൽ അതിനെ ഉപാസിക്കുക ഇതാണ് ശരിയായിട്ടുള്ള ധ്യാനം എന്ന് പറയുന്നത് തത്വബോധത്തിൽ നിന്ന് വരുന്ന ധ്യാനം അല്ലാതെ എന്തെങ്കിലും ഒരു അഭ്യാസം മനസ്സിലാക്കിക്കൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ അതിന താത്കാലിക മാത്രം അന്നും ഒരുവന് ശാന്തി കൊടുക്കത്തില്ല അശാന്തി ഉണ്ടാക്കത്തില്ല കഥ ഉപാസീത എങ്ങനെ ഉപാസിക്കണം വീണ്ടും എന്ന് വെച്ചാൽ ഉപാസനയുടെ വിശേഷതകൾ കാണിക്കുന്നത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ക്രതും പറഞ്ഞു ശാന്തോപാ സീതാനി ശാന്തോപാ സീത ഇത് തന്നെയാണ് സർവവും ഈ കാണുന്ന ഇതെല്ലാം ബ്രഹ്മം തന്നെ എന്നറിച്ച് സ്വയം ശാന്തനായി ആ ബ്രഹ്മത്തെ ധ്യാനിക്കുക एंगने परिशो। यद्धा परिशो तद्धा प्रेत्य सक्रदुम व्यंगने अदस्म लोग प्रेत क्रतु निश्चय अद्यवसा न अथाचल प्रतिह तम കറത്തും കൃവീത ഉപാസീത ഇത്തനേനും വിവിധേന സംബന്ധ കറത്തു എന്ന് പറയുന്നതിനോട് സംബന്ധിച്ച നിശ്ചയം നേരത്തെ പറഞ്ഞല്ലോ ദൃഢമായ ബോധം അതാണ് നിശ്ചയം എന്ന് പറയുന്നത് മാറിപ്പോകുന്നതല്ല കറത്തു നിശ്ചയം അധ്യവസായ അതൊന്നുകൂടെ ഉറപ്പിക്കും അധ്യവസായ എന്ന് വെച്ചാൽ ദൃഢമായ ബോധം അത് ആ ഏകത്വ ബോധം ദൃഢമായ ബോധത്തെ സമ്പാദിക്കണം എന്നിവ അന്യഥ അങ്ങനെ സർവംഖലിതം ബ്രഹ്മ ഇത് തന്നെയാണ് പരമാർത്ഥ തന്നെയാണ് സത്യം യുക്തിക്കും അനുഭവത്തിനും മറ്റ് പ്രമാണങ്ങൾക്കും എല്ലാം നിരക്കുന്ന സത്യം ഇതാണ് ഇതാണോ സർവംഖലിതം ബ്രഹ്മ വാസുദേവ സർവമിതി നന്യത മറ്റൊരു പ്രകാരത്തിനുമല്ല ആ ബോധം കൊണ്ട് ഭേദത്തെ നിഷേധിക്കുന്നു നനതത്തെ നിഷേധിക്കുന്നു ആ ബോധത്തിന് ഇളക്കാതെ അഭിച്ചലഹ അതിൽ നിളകാതെ അഭിച്ചല പ്രത്യഹ പ്രത്യേകം ബോധം അതിന് ഇളക്കം സംഭവിക്കാതെ അതിനെ ദൃഢമാക്കി ം കറത്തും കൃമീത ഉപാസീതന സംബന്ധം ആ ദമായ നിശ്ചയത്തോടുകൂടി ധ്യാനിക്കുക നെയ്ശന ധ്യാനിക്കുക സർവവും അത് തന്നെയാണ് എന്ന തത്വത്തെ ഉറപ്പിച്ചിട്ട് ഉപാസന ചെയ്യുക അതിനു വേണ്ടിയിട്ടാണ് സർവം കൽവിതം ബ്രഹ്മ എന്നു ഈ ഉപാസന പ്രകടനത്തിൽ പറഞ്ഞത് ശുദ്ധമായ തത്വചിന്തയുടെ പ്രകടനം അല്ല ഇത് ഉപാസനയുടെ പ്രകടനമാണ് അവിടെ ഈ തത്വത്തെ പറഞ്ഞിരിക്കാണ് തത്വചിന്തയെ പറയുന്നു ഇതിന് ഉപാസന തത്വചിന്തയോടുകൂടിയേ സാധ്യമാകൂ തത്വബോധമില്ലാതെ ഉപാസിച്ചാൽ അതുകൊണ്ട് പ്രയോജനമില്ല അല്ലാതെയുള്ള ധ്യാനമെല്ലാം നിഷ്ഫലമാണോ മനസ്സിന് ശാന്തി ഉണ്ടാകും അതാണ് നിഷ്ഫലംന്ന് പറയുന്നത് രാഗദ്വേഷങ്ങളെ ഇല്ലാതാക്കാൻ സഹായിക്കത്തില്ല മനസ്സ് അസ്വസ്ഥമാകും അതാണ് നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ധ്യാനിക്കുന്നവന് ആ ധ്യാനിക്കുന്ന സമയത്ത് സ്വസ്ഥത അത് കഴിയുമ്പോൾ അസ്വസ്ഥനവും അതുകൊണ്ടാണ് ആൾക്കാർ ഓരോരോ ധ്യാനമാർഗങ്ങളും സമൂഹത്തെ നമ്മൾ നോക്കിക്കാണ് അവർ ഒരു ഗുരുവിൻ്റെ അടുത്ത് പോവും അവിടെ കുറച്ച് ശീലിക്കും പിന്നെ അത് വിട്ട് വേറൊരു ഗുരുവിൻ്റെ അടുത്ത് പോവും അവർ ഈ ഗുരു പഠിപ്പിക്കുന്നതാണ് ശരി അത് കഴിഞ്ഞ് പിന്നെ വേറൊരു അടുത്ത് വേറെടുത്തു ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു എന്തുകൊണ്ട് കാരണം സ്വസ്ഥത കിട്ടുന്നില്ല ഉപാസനകളൊക്കെ ശീലിക്കുന്നില്ല ചെയ്യുന്ന സമയത്ത് സ്വസ്ഥതയുണ്ട് പക്ഷെ അത് കഴിയുമ്പോൾ വീണ്ടും അസ്വസ്ഥതയാകും ധ്യാനത്തിലൂടെ സ്വസ്ഥത വരണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷെ സ്വസ്ഥതയുള്ളവനെ ധ്യാനം സാധ്യമാകും അതാണ് പരമാർത്ഥം ഇപ്പൊ ധ്യാനത്തിലൂടെ എങ്ങനെ സ്വസ്ഥതയുണ്ടാവും നമ്മൾ പറയും ധ്യാനിച്ചുകഴിഞ്ഞാൽ മതി എല്ലാം കിട്ടും ഇതൊരാർക്കെന്ത് കിട്ടി ഒന്നും കിട്ടിയിട്ടില്ല ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് സ്വസ്ഥതയില്ല സ്വസ്ഥയില്ലാത്തവന് ധ്യാനിക്കാൻ പറ്റത്തില്ല അവനെങ്ങനെ ഇത് പൊരുത്തപ്പെടുത്തുന്നു പറഞ്ഞു തത്വബോധത്തെ അവിടെ കൊണ്ടുവരിക എന്താണ് പരമാർത്ഥ തത്വം എന്നുള്ളത് ആദ്യം ബോധിക്കുക ആ ബോധത്തിൽ നിന്നുകൊണ്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ സ്വസ്ഥത കൊടുക്കുന്നത് ധ്യാനമല്ല ആ ബോധമാണ് അതാണ് സ്വസ്ഥത കൊടുക്കുന്നത് എന്തുകൊണ്ട് ഭേദത്തെ നിഷേധിക്കുന്ന ആ ബോധം അതുകൊണ്ട് ധ്യാനം എന്നു പറയുന്നത് മനസ്സിന്റെ അഭ്യാസം ഒരഭ്യാസത്തിനും മനസ്സിന് സ്വസ്ഥത കൊടുക്കാൻ പറ്റില്ല കൊടുക്കാൻ പറ്റും അത് താത്കാലികമായി അന്ന് സ്വസ്ഥതയല്ല സ്പ്രിങ്ങിനെ അമർത്തി വയ്ക്കുമ്പോഴേ മനസ്സിന് ഏതെങ്കിലും അഭ്യാസത്തിലൂടെ പിടിച്ചു കിട്ടിയില്ല സ്വസ്ഥത എന്ന് പറയുന്ന വിവേകം കൊണ്ടേ ഉണ്ടാവും വിവേകമില്ലാത്തവനും സ്വസ്ഥതയില്ല എന്തുകൊണ്ട് ആ വിവേകത്തിലെ മനസ്സിൽ നിശ്ചിന്തത വരും ആ മനസ്സിൻ്റെ നിശ്ചിന്തതയാണ് സ്വസ്ഥത അതുകൊണ്ട് എന്തെങ്കിലും അഭ്യാസങ്ങളിലൂടെ ഒരുപക്ഷെ വളരെ വിക്ഷിപ്തമായ ബഹുർമുഖമായ മനസ്സിനെ എന്തെങ്കിലും ഒരു അഭ്യാസത്തിലൂടെ നമുക്ക് കുറച്ച് സമയം ശാന്തമാക്കി വെക്കാൻ പറ്റും ധ്യാനമൊക്കെ സഹായിക്കുന്ന ആ രീതിയിലാണ് സാധാരണ ലൗകിക വിഷയങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനുഷ്യർ ഒരല്പസമയം മനസ്സിന് ഒരു അനുകൂല ഭാഗത്ത് വെച്ച് ആ സമയത്തേക്ക് ഒരു സ്വസ്ഥത കിട്ടും അതെന്തോ മഹാകാര്യമാണെന്ന് ധരിക്കും വിവേകമില്ലാത്ത സ്വസ്ഥത അങ്ങനെയല്ല അത് വിവേകം കൊണ്ടുണ്ടാവേണ്ടതാണ് ാണ് ഉണ്ടാവേണ്ടത് വിവേകമെന്ന് പറയുന്നത് എന്തെങ്കിലും അഭ്യാസമുണ്ട് മനസ്സിന് പ്രകാശം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു അഭ്യാസമുണ്ട് അത് നമുക്ക് വ്യാഖ്യാനിക്കാൻ ഒക്കത്തില്ല പ്രകാശത്തെ എങ്ങനെ വ്യാഖ്യാനിക്കാം അതാണ് സ്വസ്ഥത കൊടുക്കുന്നത് പ്രകാശമല്ലാതെ നമ്മൾ ഇരട്ടിനെ മാറ്റാൻ ശ്രമിക്കുന്നതാണ് എങ്ങനെ ശ്രമിക്കും ഇരുട്ടിന് പാത്രത്തിൽ കോരിയുടെ പുറത്തു കളയാൻ കഴിയും അതാണ് മനസ്സിന്റെ ബാക്കിയുള്ള അഭ്യാസങ്ങൾ തന്നെ അതുപോലെയാണ് വിവേകം കൂടാതെ ഘട്ടിന് മാറ്റാൻ ഉള്ള ഏറ്റവും നല്ല അവിടെ പ്രകാശം വരിക ഉള്ളിൽ പ്രകാശം വിവേകം വരിക ബാക്കിയുള്ളതെല്ലാം യത്നം ശ്രമം ശ്രമം ചിലർക്ക് സ്വസ്ഥത കൊടുക്കും ചിലർക്ക് അസ്വസ്ഥത കൊടുക്കും അല്ലേ അധ്വാനിക്കുന്നത് ചിലർക്ക് സുഖമാണ് ചിലർക്ക് ബുദ്ധിമുട്ടാണ് നമുക്ക് സാധനം കാണാവുന്നു കായികമായ അധ്വാനം ചിലർക്ക് എത്രമാത്രം അധ്വാനിക്കാമോ പണിയെടുക്കാമോ അത്രയും സ്വസ്ഥത അല്ലെങ്കിൽ അസ്വസ്ഥനോ അതുപോലെ ഇന്നും ചെയ്തില്ല അസ്വസ്ഥത പ്രകൃതി അനുസരിച്ച് വരുന്നതാണ് മനസ്സിൻ്റെ അഭ്യാസങ്ങളതുപോലെ ചിലർക്ക് മനസ്സുകൊണ്ട് എന്തെങ്കിലും അഭ്യസിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് സ്വസ്ഥത കിട്ടും അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അസ്വസ്ഥത അത് ചിലർക്ക് അത് അനുകൂലമാണ് ഒന്ന് സ്ഥായി സ്ഥായി പ്രകാശം കൊണ്ട് തന്നെ പറഞ്ഞു വീട്ടിൽ പ്രകാശം കൊണ്ടേ മാറ അതുപോലെ വിവേകം കൊണ്ടേ മാറും തത്വബോധം കൊണ്ടേ മാറും ആ തത്ത്വബോധം എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിക്കും ധ്യാനിച്ചാൽ തത്ത് ബോധം ഉണ്ടാകുമോ ഒരു സംശയവും വേണ്ട ഉണ്ടാകത്തില്ല തത്ത് ബോധം ഉണ്ടാകത്തില്ല എന്തുകൊണ്ട് അത് മനസിന്റെ സർക്കസിന്റെ ഫലമല്ല അതുകൊണ്ടതുണ്ടാകത്തില്ല അതുകൊണ്ടാണ് ആദ്യം പറഞ്ഞെന്താണോ തത്ത്വത്തെ ബോധിപ്പിക്കുന്നത് തത്വത്തെ ബോധിക്കുന്നതാണ് തത്വബോധം സർവം ഖലിതം ബ്രഹ്മ ആ തത്വത്തെ ബോധിപ്പിക്കുന്നു ആ തത്വബോധം എങ്ങനെ ഉണ്ടാകുന്നു ശ്രവണമനനങ്ങളിലൂടെ ഉണ്ടാവും എൻ്റെ മനസ്സിന്റെ അഭ്യാസത്തിലൂടെ ഉണ്ടാകത്തില്ല ആ ശ്രവണ മനനങ്ങളിലൂടെ ഇതുണ്ടാകുന്നു ആ തത്വബോധം ഉണ്ടാകുന്നു ആ തത്വബോധത്തിലൂടെ എന്താണോ ഉപാസിച്ച അതാണ് പറയുന്നത് ഉപാസിക്കുക അതിന്റെ ദാസിക്കുക തത്വബോധം കഴിഞ്ഞാൽ പിന്നെന്തിനാ ഉപാസനം ചോദ്യങ്ങൾക്ക് അവസാനം പാഴ് മനസ്സാണ് അതിനിങ്ങനെ ചോദ്യങ്ങൾ ഒന്നും ഉണ്ടായിരിക്കും പറഞ്ഞിട്ടു തത്വബോധം ആഷ്കാരം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടാണോ ആ സംശയച്ച സംശയത്തെ ഇല്ലാതാക്കുന്നതായിരിക്കും അജ്ഞാന വിപര്യങ്ങളും മാറ്റുന്നതായിരിക്കും അതുവരെ അതിന് സഹായകമായി വരും ഉപാസനം കിട്ടും അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമായി വരുന്നത് ദൃഢത അതാണ് ഇല്ലാതാക്കുന്നത് മങ്ങി വെളിച്ചത്തിൽ ഇരുട്ടും കാണാറുണ്ടല്ലോ അതിനാണ് നമ്മൾ നിഴലെന്ന് പറയുന്നത് അതുകൊണ്ടെങ്കിൽ ശരിയായ പ്രകാശം വേണം അതുപോലെ ശരിയായ തത്വബോധത്തിൽ മാത്രമേ അജ്ഞാനസം സ്വീകാര്യങ്ങൾ മാറുന്നു സംഭവിക്കുന്നില്ല അതിനുള്ള യോഗ്യതയില്ല ആ യോഗ്യതയെ സമ്പാദിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനവും മറിച്ച് അല്ല അതുകൊണ്ടിവിടെ തത്വത്തെ ബോധിപ്പിക്കുന്നു തത്വബോധത്തോടുകൂടി ഉപാസനയും പറയുന്നു കഥം കുറിപ്പിക്കുക ആ നിശ്ചയത്തോടുകൂടി ആദ്യം ആ നിശ്ചയത്തെ ഉണ്ടാക്കിയെടുക്കുക ആദ്യം ബോധത്തെ ഉണ്ടാക്കിയെടുക്കും ബോധത്തിൽ പിന്നീട് ചെയ്യില്ല അപ്പം അത് സഹായിക്കും ഞാൻ സഹായിക്കില്ല എന്ന് പറയുന്നത് ആർത്ഥത്തിനാണ് ബോധത്തോടു കൂടാതെ സഹായിക്കുന്നു ബോധം ഉണ്ടെങ്കിൽ അത് സഹായിക്കും അതാണ് പിന്നീട് ഉപാസിക്കാൻ പറയുന്നത് ും പുനഃ കൃതുകർണേന കർത്തവ്യം പ്രയോജനം കഥം കർത്ത കൃതുകർണ്ണം അഭിപ്രായം കഥം പ്രതിപാദനാർത്ഥം അധ ഇത്യാദി ഗ്രന്ഥ അടുത്ത എന്തിനൊരു നിശ്ചയം വേണം എങ്ങനെയാണ് നിശ്ചയം ഉണ്ടാക്കേണ്ടത് എങ്ങനെയത് ഇനി പറയാൻ പോകുന്ന കാര്യത്തിനുപകരിക്കും ാണ് അഭിപ്രേസിന് ഭാഗം മന്ത്രത്തിൽ വിശദീകരിക്കാൻ വേണ്ടിട്ടാണ് തഥാ പ്രേത്തി അധ ർത്ഥ കാരണം പറയുന്നു യസ്മാ കൃതു പ്രായോ അധ്യവസായ പുരുഷോ ജീവ ഈ പുരുഷൻ കർത്തമയനാണ് നിശയാത്മകനാണോ ജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ് യഥ്രുദൃശ്രവസായ അസ്ൻ ലോകെ ജീവൻ നിഗപരുഷോ അസ്മാേഹാത് പ്രേയ മൃത്താദൃശക്തിരം യഥാധ്യവസായ കത്ത എന്ന് പറയുമ്പോൾ നിശ്ചയം ദൃഢമായ സങ്കൽപ്പം അതിന് തന്നെ എടുക്കണം യാതൊരു നിശ്ചയവാസം നോക്കിയ ജീവൻ പുരുഷോഭോതി ഇവിടെ ഈ ലോകത്ത് എന്ന് വെച്ചാൽ ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ഈ ജീവൻ ഏത് തരത്തിലുള്ള നിശ്ചയത്തോടു കൂടിയും ദൃഢമായ സങ്കല്പങ്ങളെ ഉണ്ട് മനസ്സിലൂടെ പ്രദീക്ഷണം അനേക സങ്കല്പങ്ങൾ കടന്നുപോകുന്നുണ്ട് പരസ്പര ബന്ധമില്ലാത്ത ഈ ജീവനോട് തന്നെ ബന്ധമില്ലാത്ത സങ്കല്പങ്ങളുണ്ട് അതിനൊന്നും കാര്യമില്ല അതിങ്ങനെ വന്നു പോകും അത് ജീവന്റെ ഒരു ഒരു നിലനിൽപ്പിന് ആവശ്യമായി വരുന്ന മനസ്സിൻ്റെ പ്രവർത്തനങ്ങളായി മാത്രമേ അതിനെ ഗണിക്കാൻ പറ്റൂ മറിച്ച് എന്താണ് അധ്യവസായം നിശ്ചയമായ സങ്കല്പങ്ങൾ വരുന്നുണ്ട് അതാണ് ഉപാസനെ സഹായിക്കുന്നത് അല്ലെങ്കിൽ ഉപാസനം യാത്ര നിശ്ചയ അസ്മിൻ ലോകെ ജീവൻ നിഹ പുരുഷോ ഭവതി തഥാ അസ് മൃത്വം ഈ ശരീരം വിട്ടു കഴിഞ്ഞാലും അതിനനുസരിച്ച് ആ സങ്കല്പത്തിനനുസരിച്ചായിരിക്കും പിന്നീട് ജീവന്റെ ഗതി ദൃഢമായ സങ്കല്പത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുന്നു ആ ദൃഢമായ സങ്കല്പത്തിൽ നിന്നാണ് ഉപാസനം ഉപാസനയും ദൃഢമായ സങ്കല്പമാണ് അതനുസരിച്ച് ജീവനടുത്ത് ഗതിയുണ്ടാകുന്നു കൃത്വനുരൂപ ഫലാത്മകോഭവതി പ്രവൃത്തിക്കനുസരിച്ചുള്ള ഫലം എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം അത് തന്നെ പറയുന്നു കർമ്മത്തിനനുസരിച്ചുള്ള ഫലം എന്ന് പറയുമ്പോൾ പ്രദക്ഷിണം കർമ്മങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ് ജീവൻ ഈ കർമ്മത്തിനനുസരിച്ചെല്ലാം ഫലം ഉണ്ടാകുന്നില്ല അത് ഏത് കർമ്മമാണോ ദൃഢമായ നിശ്ചയത്തിൽ നിന്നും ഉണ്ടാകുന്നത് ആ കർമ്മത്തിനനുസരിച്ചുള്ള ഫലം അതുകൊണ്ടുതന്നെ നിസ്സംഗമായി കർമ്മം ചെയ്യുന്നതിന് ഫലമുണ്ടാകുന്നില്ല എന്ന് പറയുന്നു ആ ജീവനെ ിക്കുന്ന നിശ്ചയം അത് ചിലപ്പോൾ ഗുണമായി വരാൻ ദോഷമായി വരാം ജീവൻ ഊർധഗതി ഉണ്ടാക്കാൻ ഗുണമാണ് ലാഘോഗതി ഉണ്ടാക്കാൻ നാശമാണ് എന്തായാലും ആ ദൃഢസങ്കല്പത്തോടു കൂടിയ കർമ്മങ്ങൾ അതാണ് അതാണ് കർമ്മഫലങ്ങളെക്കുറിച്ച് അവരാളൂടെ ചോദിച്ചിരിക്കുന്നു വളരെ വർഷങ്ങൾക്ക് ശേഷം ഒരു ചോദ്യം മങ്ങൾ അത് തന്നെയാണ് ഇവിടെ പറയുന്നത് അതിന്റെ വിശദ കർമ്മഫലം എങ്ങനെ വരുന്നു എന്നോ അത് ചോദിച്ചിരിക്കുന്നതിന്റെ താല്പര്യം ദൃഢമായ സങ്കല്പങ്ങൾക്കനുസരിച്ച് കർമ്മഫലം വരുന്നു സങ്കല്പം ദൃഢമല്ലെങ്കിൽ അത് പ്രത്യേകിച്ച് ഫലത്തെ ഒന്നും ഉണ്ടാക്കുന്നില്ല വെറുതെ ഒരാൾ ഇരുന്ന് എന്താണ് ഞാൻ അടുത്ത ജന്മത്തിൽ ഒരു മൃഗമാകട്ടെ അങ്ങനെ പറഞ്ഞാരെങ്കിലും ആകുമോ ഇല്ല പശു ആകട്ടെ പക്ഷിയാകട്ടെ അങ്ങനെയൊന്നും പറഞ്ഞാലാകത്തില്ല സങ്കല്പമനുസരിച്ച് വരുന്നു ദൃഢമാകണം ജീവന്റെ ഗതിയെ നിയന്ത്രിക്കുന്നതിനുള്ള സ്വാധീനം അതിനുണ്ടാകണം എന്നാൽ അതനുസരിച്ചുള്ളൂ അതാണ് ഉപാസകുടേയും മറ്റും പറഞ്ഞു അവിടെ പറയുന്നു ഈ ശരീരനാശത്തിന് ശേഷം ഹിരണ്യഗർഭപദവി വരെയുള്ള സ്ഥാനങ്ങളെ കിട്ടും അതിനുള്ള ദൃഢമായ ഉപാസന ചെയ്തവനാ ഫലം കിട്ടും കൃത്തനുരൂപഫലാത്മകോസ്ത്രോദി ഭഗവത്ഗീത ശാസ്ത്രജ്ഞനം ഇക്കാര്യം നിന്ന് പറഞ്ഞിരിക്കുന്നു എന്താണ് എം എം വാവിസ്മരൻ ഭാവം തെറ്റേ കളേവരം ഏത് ഭാവത്തെ സ്മരിച്ചുകൊണ്ടാണോ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് വിടെ വിശദീകരിച്ചാണ് സ്മരിച്ചുകൊണ്ട് ശരിയെടുത്ത് വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ അവസാന സമയത്ത് ആ ജീവന്റെ ഗതിയെ നിയന്ത്രിക്കാത്ത ഗതിയും ഏത് സങ്കല്പവാണോ ദൃഢമായത് അത് അത് ദൃഢമായത് അതനുസരിച്ച് വരും ആ ദൃഢതയ്ക്കനുസരിച്ച് വരും അല്ലാതെ സംഭവിക്കത്തില്ല അല്ലാതെ സംഭവിക്കുന്നത് പറയുന്നത് ഇതൊരു അർത്ഥവാദങ്ങളാണ് അവസാനം രാമ കൃഷ്ണ ഗോപാല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മാത്രം വൈകുണ്ഠത്തിലെത്തത്തില്ല എന്തുകൊണ്ട് അത് പറഞ്ഞിട്ട് ഉടൻ തന്നെ അവൻ്റെ സംസ്കാരം അനുസരിച്ചുള്ള എന്താണുള്ളത് അതായിരിക്കും അവസാനം വരുന്നത് ശബ്ദത്തിൽ ഇത് വന്നാലും മനസ്സിൽ അവസാനം നീക്കുന്നത് എന്തായിരിക്കും ദൂഷ പുറമേ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ ഉച്ചരിച്ചാലും ശരി അവസാനം വരുന്നത് ശബ്ദത്തിനനുസരിച്ചുള്ള പറയുന്നത് ഒരു നിശ്ചയം മനസ്സിന് സങ്കല്പത്തിനനുസരിച്ചാണ് അവസാനം ജീവന്റെ ആ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഭരണവേളയില് ശബ്ദമോ അല്ലെങ്കിൽ സങ്കല്പങ്ങളോ ഒന്നും തന്നെ നൽകത്തില്ല എല്ലാം ദുർബലമാകും ശേഷിക്കുന്നതെന്താണ് കേവലം സംസ്കാരം മാത്രം അതേ എന്തുകൊണ്ട് കർണങ്ങളെല്ലാം അതിനു മുൻപ് തന്നെ ദുർബലമാവും പ്രാണൻ അതിനു മുൻപ് തന്നെ ശരീരവുമായിട്ടുള്ള ബന്ധത്തെ വിടും അതെല്ലാം സംഭവിക്കും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ശേഷിക്കുന്നതെന്താണോ ജീവന് സ്വേച്ഛയാ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലത്താണ് ജീവൻ നിൽക്കുന്നത് ജീവന് സ്വേച്ഛയാ സ്വാതന്ത്ര്യമില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് ശബ്ദത്തിന്റെ ചിന്തയിടേണ്ട സ്ഥലമുണ്ട് എവിടെയൊക്കെ നോക്കും സ്വേച്ഛ ആഗ്രഹിക്കുന്നത് പറയാം ആഗ്രഹിക്കുന്നത് ചിന്തിക്കാം അതിനൊന്നു ശേഷിയില്ലാത്ത സ്ഥലമാണ് സംസ്കാരത്തിന് തന്നെ അന്ധകരണത്തിൽ ആ സംസ്കാരം അതാണ് ഈ ശരീരവുമായി ബന്ധപ്പെടുത്തി നിൽക്കുന്ന ആ സംസ്കാരം അതാണ് മുഖ്യമായി വരുന്ന അവസാനം ആ സംസ്കാരം ഇവിടെ പറഞ്ഞു അതാണ് ക്രത്വനുരൂപം മുമ്പ് ഏത് തരത്തിലാണോ അവൻ ശീലിച്ചത് അവന്റെ സങ്കല്പങ്ങൾ അതനുസരിച്ച് സംസ്കാരം ദട്ടമായി അതനുസരിച്ച് അടുത്തു ചെന്നു അല്ലാതാക്കോ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങൾക്കോ എന്തെങ്കിലും ചിന്തകൾക്കോ ഒന്നും ഇവിടെ പ്രസക്തിയൊന്നുമില്ല അത് എന്താണോ വിഭ്രാന്തി ഉണ്ടോ എന്തെങ്കിലും ശബ്ദങ്ങളോ അതൊക്കെ പുറപ്പെടുവിക്കുക അതൊന്നും അർത്ഥം അതാണ് സ്മരണഭാവം ഏതൊരു ഭാവത്തെയാണ് സ്മരിക്കുന്നത് സ്മരിക്കുന്നതിനെന്താ സഹായിക്കുന്നത് സ്മൃതിക്ക് സഹായിക്കുന്നതിനാ സംസ്കാരം സ്മരൻഭാവം എന്ന് ം ദൃഢമായാൽ പക്ഷെ സംസ്കാരത്തിനുസരിച്ചുള്ള ശബ്ദങ്ങളും വരാം അത് വന്നിടായകയില്ല പക്ഷെ ശബ്ദത്തിന് അങ്ങനെ ഇതില്ല ശബ്ദങ്ങൾ പുറത്തു വരുന്നത് അതിന് പ്രത്യേകിച്ച് സംസ്കാരത്തെ ആശ്രയിച്ചിട്ടുണ്ട് തീ തൊട്ട് കഴിഞ്ഞാൽ ഉടൻ അയ്യോന്ന് നിലവിളി ശബ്ദം വരുന്നത് അത് ഏത് തരത്തിലും സംഭവിക്കാം അതല്ല മുഖ്യം അവിടെ സംസ്കാരമാണ് മുഖ്യം സംസ്കാരം ദൃഢമായാലും ശരീരേന്ദ്രിയ മനസ്സുകളും ദൃഢകൂലമായി കഴിഞ്ഞാൽ ആ സംസ്കാരത്തിനനുസരിച്ച് പ്രവർത്തിക്കണമെന്നില്ല അങ്ങനെ സംഭവിക്കും പക്ഷെ ജീവൻ തതി നിശ്ചയിക്കുന്ന ആ സംസ്കാരമായിരിക്കും സ്മരം ഭാവം ഇത്യാദി അവിടെയും പറയുന്നുണ്ട് അതുകൊണ്ട് ആ സംസ്കാരത്തെ സഞ്ചയിക്കുന്നു ദൃഢമായ ബോധം അതനുസരിച്ച് ഫലമുണ്ടാകുന്നു യഥൈവം വ്യവസ്ഥ ശാസ്ത്രനിഷ്ഠ ശാസ്ത്രം ഇങ്ങനെ ഒരു വ്യവസ്ഥ ചെയ്തിരിക്കുന്നു നിശ്ചയമാണ് മുഖ്യം അതനുസരിച്ചാണ് വരും ജന്മങ്ങൾ സൈവം ജാനൻ കർതും കർവീത യാഗസ്സും കൃതും പക്ഷേ അതുകൊണ്ട് ഉപാസകൻ അങ്ങനത്തെ ഒരു നിശ്ചയത്തെ ഉണ്ടാക്കണം വിട്ടുമായ സങ്കല്പം അങ്ങനെ ഉണ്ടാക്കണം തത്വത്തെ സംബന്ധിച്ച് തന്റെ ഉപാസനയ്ക്ക് സഹായിക്കുന്ന തരത്തിലുള്ള യഥൈവം ശാസ്ത്രപ്രാമാണി പദ്ധതി കൃത്യനുരൂപം ഫലം അധസകർത്തവ്യക്രതു ഈ ശാസ്ത്രപ്രാമാണ്യത്തിന് ഗീതാശാസ്ത്രം ഗീതാശാസ്ത്രത്തെ ഭാഷകാരൻ പല വളരെ പ്രാമാണികമായി ധരിക്കുന്നുണ്ട് ഉപനിഷത്ത് മുഖ്യപ്രമാണം പക്ഷെ ഉപനിഷത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക് പ്രമാണമായിട്ട് ഉപനിഷത്ത് പോലെ പ്രമാണമായിട്ട് ഗീതയും ഭാഷകാരും സ്വീകരിക്കുന്നു പ്രാമാണ്യ കൃത്വനുപം ഫലം നിശ്ചയത്തിനനുസരിച്ച് ഫലം വരും സങ്കല്പത്തിനനുസരിച്ച് ഫലം വരും ദൃഢമായ സങ്കല്പത്തിനുസരിച്ച് ഫലം വരും സകർത്തവ്യതും അതുകൊണ്ട് ശരിയായ സങ്കല്പങ്ങൾ ആദ്യം ഉണ്ടാകണം ശരിയായ നിശ്ചയത്തെ ഉണ്ടാകണം ഇതാണ് കൃതുമഹപുരുഷ യഥാ കൃതിരാസിഷോ ഭവതി തഥാ ഇതപ്രീത്യഭവതി സക്രതും കൃഗീത അതാണ് ഇവിടുത്തെ ഉപദേശം सर्व खंडीद ब्रमा तज्जला शादी अथम यथस्मोकषो तथाइत प्रेतवी स क्रत मनोमय भारूप सत्यसकल आत्मा सर्व करमा, सर्व कामह, सर्व सर्व सर्वंध सर्वसवाक्यनादर कथम मनोमय എങ്ങനെയുള്ള സങ്കല്പങ്ങൾ അത് പറയുന്നു മനോമയഹ അവൻ മനോമയനാണ് ബ്രഹ്മത്തെക്കുറിച്ചുള്ള സർവം ഖലിതം ബ്രഹ്മ എന്ന് പറഞ്ഞ ബ്രഹ്മത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളാണ് മനപ്രായ മനസ് അനേനേതി മനസ് സ്വൃത്യാവശേഷ പ്രവൃത്തം ഭോതി തേന മനസ്സ തന്മയഹ മനനം ചെയ്യാൻ ചിന്തിക്കുന്നതിന് എന്താണോ സഹായിക്കുന്നതാണ് മനസ്സ് ആ മനസ്സ് സ്വവൃത്യ അതിന്റെ പ്രവർത്തനത്തിലൂടെ മനസ്സിന്റെ വ്യാപാരങ്ങളിലൂടെ അതിന്റെ ചലനത്തിലൂടെ അതിന്റെ പ്രവർത്തനങ്ങളിലൂടെ വിശേഷ പ്രവൃത്തം ബോധി വിഷയത്തെ ഗ്രഹിക്കുന്നു മനസ്സതിന്റെ ചലനങ്ങളിലൂടെ വിഷയത്തഗ്രഹിക്കുന്നു മനസ്സിന്റെ വൃത്തി എന്ന് പറയും മനസ്സിന്റെ പ്രവൃത്തി മനസ്സാ തന്മയ അതുകൊണ്ട് ആ ബ്രഹ്മം മനോമയനായിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഇന്ദ്രമിപ്പ ശരീരമയനായിരിക്കും ഈ ശരീരത്തിനോട് അഭിമാനിച്ച് ഞാൻ ഇത് എന്നുള്ള ഭാവത്തിരിക്ക സ്ഥൂലമായ ഭാവം അതിനു വിട്ടിട്ട് അതിൻ്റെ സൂക്ഷ്മമായ ഭാവത്തെ കുറിച്ച് എന്താണോ വാസ്തവത്തിൽ അവൻ മനോമയനാണോ മനസ്സിനോടാണ് അവൻ താതാത്മ്യപ്പെട്ടിരിക്കുന്നത് മനസ്സിനോടുള്ള താതാത്മ്യം കൊണ്ടാണോ ഈ ശരീര താതാത്മ്യ ഇപ്പം അനുഭവപ്പെടുന്നത് ഈ മനസ്സിനോട് താതാന്യമായിരിക്കുന്ന ആ ജീവൻ അത് തന്നെയാണ് ഈ സർവവുമായിരിക്കുന്നത് സർവഖിതം ബ്രഹ്മ സർവംഖലിതം ബ്രഹ്മ എന്ന് പറയുമ്പോ സർവ്വവും ബ്രഹ്മൻ തന്നെയെന്ന് പറയുമ്പോൾ ഒരു തന്നെ വിട്ടുകളെങ്കിലും കാരണം സർവം എന്ന് പറയുമ്പോൾ മനസ്സ് ബഹുർമുഖമാകുന്നു ഇത് ഈ കാണുന്നത് സർവ്വവും ബ്രഹ്മമാകുന്നു അപ്പൊ താനോ ഇനി തന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ പരമാവധി തനിക്ക് ചിന്തിക്കാൻ പറ്റിയത് ഈ ശരീരത്തെ ഞാൻ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ അത് കേവലര് നിത്യാഭിമാനം മാത്രം എന്താ ഈ ശരീരം ഈ ഞാൻ അതിനെ പറയുന്നു അതിന് സൂക്ഷ്മെന്താണ് ഈ മനോമയനായിരിക്കുന്നു അവൻ അതാണ് ഹൃദ്ദേശം സർവഭൂതങ്ങളെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നവനായി അതാണ് മനോമയനായിരിക്കുന്നത് ബാഹ്യമായി സ്ഥൂലമായി സർവവും എന്നിങ്ങനെ ഗ്രഹിക്കാൻ പാടില്ല യഥാ പ്രവൃത്തന പോലെ എല്ലായിരിക്കുന്നുവൻ എങ്ങനെയാണ് പ്രവൃത്തി ജാഗ്രസ്വപ്നങ്ങളിൽ പ്രവൃത്തിനായിരിക്കുന്നു മനസ്സിനോട് താതാമ്യപ്പെട്ട് മനോമയനായിരിക്കുന്നു സുഷുദ്ധിയിൽ നിവൃത്തനായിരിക്കുന്നു ഈ വ്യാപാരങ്ങളിൽ നിന്നല്ല അവിടെ രണ്ടിടത്തും ജനിച്ചെന്താണ് പ്രവൃത്തി യുവ നിവൃത്ത യുവ പ്രവർത്തിക്കുന്നവനെപ്പോലെ നിവർത്തിക്കുന്നവനെപ്പോലെ മനോമയനാകുമ്പോൾ ഈ ശരീരത്തോടെല്ലാം താതാമ്യപ്പെട്ട് ഈ പ്രപഞ്ചത്തെ അനുഭവിക്കുന്നു നിവൃത്തനാകുമ്പോഴോ ഇതെല്ലാം വിട്ടതുപോലെ അങ്ങനെയിരിക്കുന്ന മനോമയനായവൻ ആ മനോമയന വ്യാഖ്യാനിക്കണം മനോമയമായ തരത്തിലാണ് പ്രവൃത്തി നിവൃത്തി രണ്ടും അവിടെയാണ് അതേവ പ്രാണശരീര പ്രാണോ ലിംഗാത്മ വിജ്ഞാനക്രിയാശക്തി ദ്വയസമ്മൂർച്ഛിത വിജ്ഞാനശക്തി ക്രിയാശക്തി രണ്ടു ശക്തിയോടും കൂടിയത് അതാണ് പ്രാണശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് സൂക്ഷ്മ ശരീരത്തോടു കൂടിയും അവിടെ രണ്ട് ശക്തികളാണ് മുഖ്യമായിട്ട് ഒന്ന് വിജ്ഞാനശക്തി അതുകൊണ്ട് തന്നെ അറിയുന്നു ചിന്തിക്കുന്നു മനനം ചെയ്യുന്നു പ്രാണശക്തി ആ പ്രാണശക്തിയെ ആശ്രയിച്ച് മനസ് ചലിക്കുന്നു പ്രാണൻ ചലിക്കുന്നു സ്ഥൂല ശരീരം ചലിക്കുന്നു ശക്തിദ്വയ സമ്മൂർച്ഛ ഈ രണ്ട് ശക്തികളും കൂടിച്ചേർന്നിരിക്കുന്നു അത് തന്നെ ഈ ലിംഗശരീരം സൂക്ഷ്മശരീരം എന്ന് പറയുന്നത് അത് തന്നെ ഈ പ്രാണശക്തിയും അത് രണ്ട് ശക്തികളാണ് ഈ പുരുഷന്റെ രണ്ട് ശക്തികൾ രണ്ടും കൂടി ഏകീകരിച്ചിരിക്കുന്നു ഒരുമിച്ചിരിക്കുന്നതാണ് ഈ സൂക്ഷ്മശരീരം എന്നുവച്ചാലും വേർതിരിക്കാം നമ്മൾ പറയുന്നു പ്രാണു വേറെ ബോധം വേറെ പ്രാണനെന്ന് പറയുമ്പോൾ ചലനം ബോധമെന്ന് പറയുമ്പോൾ അറിവ് ഇത് രണ്ടും വേറെയാണെന്നൊക്കെ അറിയുന്നത് ഇത് രണ്ടും വേറെയല്ല ഇത് ഒന്ന് തന്നെ രണ്ടിനു നമുക്ക് രണ്ടാക്കാൻ പറ്റത്തില്ല ഞാൻ എന്താണോ പറയുന്നത് ഞാൻ അറിയുന്നു പറയുന്നു ഇതിനാണ് നമ്മൾ ബോധമെന്ന് പറയുന്നത് എന്നിട്ട് പറയുന്നു ഇതാ ഞാനത് ചെയ്യുന്നു ഇത് പ്രവൃത്തി എന്ന് പറയുന്നു വാസ്തവത്തിൽ ഇത് രണ്ടൊന്നാണ് സൂക്ഷ്മതലത്തിന് ഇതൊന്നാണ് കാരണം ഞാൻ അറിയുന്നു എന്ന് പറയുന്നത് എന്താണ് അത് മനസ്സിന്റെ ഒരു ചലനമാണ് അതിനാണ് പ്രാണനം എന്ന് പറയുന്നത് ചലനം പ്രാണനം മനസ്സിനൊരു ചലനം സംഭവിക്കുന്നതാണ് അറിവെന്ന് പറയുന്നത് അവിടെ ഇതും മനസ്സിന്റെ ചലനം ഇതും മനസ്സിന്റെ അറിവെന്ന് വേടിതിരിക്കാൻ പറ്റത്തില്ല ചലനം തന്നെ അറിവ് സൂക്ഷ്മമായി രണ്ടും ഒന്നാണ് നമ്മൾ പറയുമല്ലോ മനസ്സ് ചലിക്കുന്നു ഇളകുന്നു എന്ന് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുന്നു എന്നർത്ഥം അതുതന്നെ പറയുന്ന എന്താണ് ഞാൻ മനസ്സുകൊണ്ടറിയുന്നു രണ്ടിനും രണ്ട് ശബ്ദം ഉപയോഗിക്കുന്നു തന്നെയുള്ളു ചലനവും ബോധനവും ഒരേ ഒരു കാര്യം ആ സംഭവിക്കുന്നു അതിനെ വെറുതിരിക്കാൻ പറ്റുക സൂക്ഷ്മത്തിനതൊന്നാണ് സ്ഥൂലത്തിന് നമുക്ക് തോന്നുന്നത് വേറെ വേറെ ആയിട്ട് തോന്നുന്നു ഞാൻ അറിയുന്നു പ്രവർത്തിക്കുന്നു എനിക്ക് തോന്നുന്നു അറിവും പ്രവൃത്തിയും രണ്ടല്ല അറിവിൽ നിന്ന് പ്രവൃത്തി ഉപരിതിരിക്കാൻ ഒക്കത്തില്ല അതുകൊണ്ടാണ് അറിവിൽ നിന്ന് വേറിട്ടൊന്നുമില്ലെന്ന് പറയുന്നു അറിവിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചം പോലുമില്ല പിന്നെ എങ്ങനെ പ്രവൃത്തി വരട്ട സ്ഥൂലമായി നമ്മൾ പറയും ജാനാതി ഇച്ഛതി ഈതതി അറിയുന്നു ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു ഒന്നിനു മൂന്നായി പറയും അതുകൊണ്ട് പറയുന്നത് ശക്തിദ്വയ സമൂചിതമായിരിക്കുന്നു എന്ന് വെച്ചാൽ സമൂര്ച്ചിതമായിരിക്കാന്ന് വെച്ചാൽ കൂടിച്ചേർന്ന് വേർതിരിപ്പിരിക്കാൻ വയ്യാത്ത രീതി രണ്ടാക്കാൻ കഴിയാത്ത രീതിയിരിക്കുന്നു ശ്രുതി പറയുന്ന യോഗ സപ്രജ്ഞ ഇത് ശ്രദ്ധേഹം ഈ പ്രാണനെന്ന് പറയുന്നോ അത് തന്നെയാണ് പ്രജ്ഞ ഈ പ്രജ്ഞ എന്ന് പറയുന്നുണ്ടല്ലോ അത് തന്നെയാണ് പ്രാണൻ ബഹുർമുഖമായി സ്ഥൂലമായി ചിന്തിക്കുമ്പോഴാണ് പറയുന്നത് ഇത് പ്രാണൻ ഇത് പ്രാണന്റെ അഭ്യാസമാണ് ഇത് പ്രജ്ഞ ഇത് പ്രജ്ഞയുടെ അഭ്യാസമാണ് അത് സ്ഥൂലമായി നമുക്കിങ്ങനെ അനുഭവപ്പെടുന്നത് ശരിയാണ് പ്രവൃത്തി അറിവിൻ രണ്ടായി അനുഭവപ്പെടുന്നു നമ്മൾ പറയണ്ടോ അറിവിനുസരിച്ചുള്ള പ്രവൃത്തി ഇങ്ങനെയൊക്കെ ലൗകിക വ്യവഹാരത്തിലും പറയാറുണ്ട് ഇത് രണ്ടല്ല ഒന്ന് തന്നെയാണ് എന്ന് പറയുന്നു യോയ് പ്രാണ സപ്രജ്ഞ ആ പ്രാണൻ ചലനം പ്രവൃത്തി സ്പന്ദനം അത് തന്നെയാണ് പ്രജ്ഞം പ്രജ്ഞ എവിടെയോ ഉള്ളിൽ ഒരു സ്പന്ദന സംഭവിക്കും ആ സ്പന്ദന തന്നെ നമ്മൾ പറയുന്നതാണ് ഒരു അറിവ് പ്രാണന്റെ സ്പന്ദനമെന്നും അറിവിന്റെ സ്ഫുരണമെന്നും പറയും ഇപ്പൊ ശബ്ദങ്ങളിലുള്ള വ്യത്യാസം പ്രാണന്റെ സ്പന്ദനം തന്നെ അറിവിന്റെ സൂക്ഷ്മമായി ഒന്നുകിരിച്ചും പറയുന്നത് പ്രാണൻ തന്നെയാണ് വേർതിരിക്കാൻ കഴിയില്ല പ്രാണന്റെ അഭ്യാസം വേറെ പ്രജ്ഞയുടെ ബോധത്തിന്റെ അഭ്യാസം വേറെ എന്നെല്ലാം പറയുന്ന തത്വബോധമില്ലാത്തതാണ് ഇത് ശ്രുതേഹേ ഇത് ശ്രുതി തന്നെ സംബന്ധിച്ച കാര്യമാണ് എന്നെ വേർതിരിക്കാൻ കഴിയില്ല അപ്പൊ ഒന്നാണ് സ ശരീരമേസി സ പ്രാണശരീര അസൂക്ഷ്മ തലത്തിൽ പറയുക പിന്നെ സർവംഖലിതം ബ്രഹ്മ എന്ന് പറഞ്ഞത് സമർത്ഥിക്കില്ലേ ഈ കാണുന്ന ഞാനും നീയുമെല്ലാം എങ്ങനെ ബ്രഹ്മമാവും ശരിയാണ് സ്ഥൂലമായി ബാഹ്യമായി ഭേദങ്ങളുണ്ട് പലതരത്തിലുള്ള ഭേദങ്ങളുണ്ട് ജീവഭേദം ശരീരഭേദം പലതും കാണും പക്ഷെ ആന്തരികമായ എന്താണ് ഒന്നാണ് അതിനെയാണ് സമർപ്പിക്കുന്നത് അവൻ തന്നെയാണ് പ്രാണശരീരനായി സർവ്വത്ര ഇരിക്കുന്നത് ഓരോ ശരീരങ്ങളിലും ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരി സർവത്ര ഇരിക്കുന്നത് ശരീരത്തിലും അല്ലാതെയും എല്ലാം പ്രാണശരീരനായിരിക്കുന്നവനാണ് ഇത് സർവംഖലിതം ബ്രഹ്മ ഈ കാണുന്നതൊക്കെ ബ്രഹ്മമാണോ എന്ന് പറയുമ്പോൾ ഏതോ ഒരു ബ്രഹ്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് പരിചയമില്ലാത്തത് പക്ഷേ പ്രാണൻ മനസ്സ് ഇതെല്ലാം നമുക്ക് പരിചയമുള്ളതാണ് ഏതാണോ ഉള്ളിൽ പ്രാണമയനായും മനോമയനായും ഇരിക്കുന്നത് മനോമയ പ്രാണശരീരം അത് തന്നെയാണ് എന്നു പറയുമ്പോൾ ആരാണോ പ്രാണമയനായും മനോമയനായും ഇരിക്കുന്നവനെ തനിക്കറിയാം അവനെയാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് മനോമഹ പ്രാണശരീര നേതാ ഇത് ജശ്രുത്യന്തര വേറെ ശ്രുതി പറയുന്നു അവൻ തന്നെ മനോമയനായിരിക്കുന്നു അവൻ തന്നെ പ്രാണശരീര നയിക്കുന്നവനായിരിക്കുന്നു ജീവനായി എങ്ങനെ ഒരു ശരീരത്തിൽ നിന്ന് വേറൊരു ശരീരത്തിലേക്ക് സഞ്ചരിക്കുന്നവനായിരിക്കുന്നു ഭാരൂപഹ ദീപ്തി ചൈതന്യലക്ഷണ രൂപമേസ്യ ചൈതന്യ രൂപത്തിലിരിക്കുന്നു ചൈതന്യം എന്ന് പറഞ്ഞാൽ പ്രാണെന്നുള്ള അറിവ് ഈ ശരീരത്തിൽ അറിവ് അനുഭവപ്പെടുന്നുണ്ട് ഈ ശരീരത്തിൽ സുഖം ദുഃഖം തുടങ്ങിയ കാര്യങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ആ ചൈതന്യ സ്വരൂപത്തോട് അതെവിടെ നിന്ന് ശരീരത്തിൽ ഉള്ളിലിരിക്കുന്ന ചൈതന്യത്തിൽ ഈ ശരീരത്തിൽ പ്രസരിച്ചു ആ ചൈതന്യത്തിന്റെ പ്രധാരണ ഈ ശരീരത്തിൽ നഷ്ടപ്പെട്ട മരിച്ചു അതാണ് ചൈതന്യ ലക്ഷണരൂ സഭാരൂപ ചൈതന്യ രൂപത്തിൽ ഇതിലിരിക്കുന്നവൻ സർവത്തിലിരിക്കുന്നവൻ അവനാണ് ആ ബ്രഹ്മം സർവിതം ബ്രഹ്മം എന്ന് പറയാൻ കാരണം സർവത്ര ഇത് സമമായിരിക്കും എന്താണോ മനോമയനായി പ്രാണമയനായി വിജ്ഞാനമേനായി ആസ്വദിക്കും വിജ്ഞാനമേനായി ജടത്തിലുണ്ടോ സർവത്രം ഉണ്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വിജ്ഞാനമേനുണ്ടോ ഉണ്ട് മരിച്ചാലും ഉണ്ടോ അവിടെ വിജ്ഞാ മൃതശരീരത്തിലുമുണ്ട് അതെങ്ങനെ പ്രാണമയനായി ചലനമില്ലേ ചലനമുണ്ടെങ്കിൽ അവിടെ ഉണ്ട് ജഡം ചിത്ത് എന്നിങ്ങനെ വേർതിരിക്കുന്നത് കേവലം പ്രജ്ഞയെ മാത്രം എടുത്തുകൊണ്ടാണ് പ്രാണന കൂടെ എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ വേർതിരിക്കാൻ പ്രാണസ്പന്ദനം ചലനം സർവത്രയുണ്ട് ജീവരൂപത്തിൽ സ്പന്ദിക്കുന്നുണ്ട് പക്ഷേ ജഡരൂപത്തിൽ സ്പന്ദനമുണ്ട് ജഡും ചലിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ അതെന്താണ് വിജ്ഞാനം തന്നെ ഇപ്പൊ സർവത്ര ഇത് പ്രണരൂപത്തിൽ അല്ലെങ്കിൽ വിജ്ഞാനരൂപത്തിൽ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു ഭാരൂപ